എട്ടാം അധ്യായത്തിൽ അക്ഷരബ്രഹ്മയോഗം എന്ന പേരിൽ സ്വാമി എല്ലാം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണേ വളരെ ഇനി കുറഞ്ഞ ദിവസങ്ങളായതുകൊണ്ട് ഒന്നുകൂടെ ഓർമ്മിപ്പിച്ച് നമ്മളെ സർവധർമാൻ പരിത്യജ്യ എന്നുള്ള ശ്ലോകത്തിൻ്റെ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിലാണ് ഇപ്പം നിൽക്കുന്നത് അവിടേക്ക് വരാൻ വേണ്ടിയിട്ട് അർജുനൻ ചോദിച്ചു ഭഗവാനോട് ഹേ ഭഗവൻ കിം കർമ്മ കിം ബ്രഹ്മ കിം അധ്യാത്മം കിം അധിഭൂതം കിം അതിദൈവം കിം ഒക്കെ ഒന്ന് പറഞ്ഞു തരൂ എന്ന് എന്തൊക്കെയാണ് എന്താണ് ബ്രഹ്മം എന്താണ് അധ്യാത്മം എന്താണ് കർമ്മം എന്താണ് അതിഭൂതം എന്താണ് അതിദൈവം ഇങ്ങനെ കുറച്ച് പുതിയ പുതിയ വാക്കുകൾ ഗീതയിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്തത് ഇതെന്തോ ഭഗവാൻ പറഞ്ഞതുപോലെയൊക്കെ തോന്നി അർജുനന് എന്തായാലും ഇതൊക്കെ കൂടെ അങ്ങോട്ട് ചോദിച്ചു അതിയജ്ഞ കഥം ഗോത്ര ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞയ നിയതാത്മവിഹി ഭഗവാനെ ഈ ലോകത്ത് അതിയജ്ഞൻ ആരാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മരണ സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക ഇങ്ങനെ എങ്ങനെ അറിയും ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു അതിന് ഭഗവാൻ ഉത്തരം കൊടുക്കുന്നത് എട്ടാം അധ്യായത്തിലെ ഈ എന്താ ഈ ഭാഗങ്ങളൊക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അക്ഷരം എന്നുള്ളതിനെ നമ്മൾ പറഞ്ഞു എന്താണ് അക്ഷരം അല്ലെ അക്ഷാംശ രേഖാംശങ്ങളിൽ അകാരാദി ശകാരാന്ത്യം വരെയുള്ള അക്ഷങ്ങളിൽ ലയിച്ചിരിക്കുന്നതേതോ ആ അക്ഷയ തത്വത്തെയാണ് അക്ഷരം ബ്രഹ്മം എന്ന് പറയുക അതിനെ ഭഗവാൻ ഇവിടെ പറഞ്ഞു പരമം അക്ഷരം ബ്രഹ്മ ക്ഷരരഹിതമായ ക്ഷയരഹിതമായ ആ ബ്രഹ്മമാകുന്നു അക്ഷരം സ്വഭാവ അതിൻ്റെ സ്വഭാവം അധ്യാത്മം അധ്യാത്മ എന്ന് പറയുന്ന ഇവിടെ ജീവൻ എന്നൊക്കെ നമ്മൾ പരിചയപ്പെട്ടു ഭൂതഭാവോത്ഭവകരഹ ഭൂതങ്ങളുടെ ഉദ്ഭവത്തിന് ഭവത്തിന് ഹേതുവായിട്ടുള്ള വിസർഗ സൃഷ്ടി ആ സൃഷ്ടി വിശേഷം എന്താണ് കർമ്മ സംജിത കർമ്മം എന്ന പേര് അപ്പൊ കർമ്മം എന്ന് പറഞ്ഞാൽ ആദ്യ ആ പ്രാണസ്പന്ദനം ശക്തി സ്പന്ദനം അവിടുന്ന് മുതൽ അതിഭൂതം ക്ഷരോഭാവ പുരുഷ അതിദൈവതം അതിയജ്ഞ ഇത്യാദി കാര്യങ്ങൾ എന്താ ആരാണ് പുരുഷൻ ഭഗവാൻ ഇവിടെ പറഞ്ഞു എന്താണ് അർജുനൻ ചോദിച്ച ഏഴ് ചോദ്യങ്ങൾ അതിന് ബ്രഹ്മം അധ്യാത്മം കർമ്മം അതിഭൂതം അതിദൈവം അതിയജ്ഞം അതിയജ്ഞന്റെ നിലനിൽപ്പ് ഇത് ഭഗവാൻ പറഞ്ഞു എന്താണ് അന്ധകാലേച്ച മാമേവ സ്മരൻ മുക്വാ കളയപരം യപ്രയാതി സമത്ഭാവം യാതിനാത്യത്ര അത്ര ന സംശയ എന്ന് പറയാ അവിടെ സംശയമില്ല എന്ന എന്ത് ആരാണോ ശരീരത്തെ ഉപേക്ഷിക്കുന്ന സമയത്ത് എന്നെ സ്മരിക്കുന്നത് അവന് പിന്നെ എന്തില്ല അവൻ എന്റെ ഭാവത്തെ പ്രാപിക്കുന്നു എന്നാണ് എന്താ ഭഗവാന്റെ ഭാവം അല്ലെങ്കിൽ എങ്ങനെയാ ഈ ഭഗവത്ഗീത തുടർച്ചയായിട്ട് നമ്മൾ കേട്ട് കേട്ട് കേട്ടിട്ട് ആ പഴയത് പോകണേ സ്വാമി എന്താ ചിമ്മയാനന്ദ സ്വാമികൾ പറയാറുള്ള ഉപ്പ് കുന്നിലെ ഉറുമ്പും പഞ്ചസാര കുന്നിലെ ഉറുമ്പും ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ഉപ്പുകല്ല് വെച്ചാണ് പഞ്ചസാര നുണയാൻ ശ്രമിക്കുന്നതെങ്കിൽ പഞ്ചസാരയുടെ മാധുര്യം അത് ഫലത്തിൽ വരില്ല അതുകൊണ്ട് പല മുൻവിധികളുണ്ട് എന്തൊക്കെ മുൻവിധികളാണ് ഈശ്വരനെ സ്മരിക്കുക എന്ന് പറയുമ്പോ നമ്മളെ നമ്മുടെ ഇതെന്താണ് ഉടനെ ശിവകാശി സ്മരണയാണ് വരിക അപ്പൊ ശിവകാശി സ്മരണ നമ്മളെ ശിവകാശി സ്മരണ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ അത് കലണ്ടറിലെ ഒരു രൂപം ഗീത പഠിച്ചു കഴിഞ്ഞാൽ അത് അതൊക്കെ വിട്ടു വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ നിഷേധിക്കല്ല ഈ അവസാനം പോയിട്ട് അങ്ങനെയൊന്നും മനസ്സിലാക്കി അങ്ങോട്ട് പോവരുത് സ്വാമി അതിനെയൊന്നും നിഷേധിക്കുക അല്ല പക്ഷേ നമുക്കൊരു വ്യക്തത വരാനുണ്ട് എന്ന് പറയാം ഈ വിഷയത്തിൽ ഭൂമി രാപോ നലോ വായു ഖമ്മനോ ബുദ്ധി രേവച്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ സ്മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആ ബോധചൈതന്യത്തെ അതിൽ നിന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് പറയാം അതെങ്ങനെയാ സ്വാമി ഒന്ന് പറയൂ എന്ന് പറഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടാ പറയാം ഇനിയിപ്പങ്ങനെ പറയാനേ വഴിയില്ല അതാണ് ഇനി പറയാൻ പോകുന്നത് മാമേകം ശരണം പ്രജ സർവധർമാൻ പരിത്യജ്യ ഈ സർവധർമാൻ പരിത്യജ്യ എല്ലാറ്റിനെയും മാറ്റിവെക്കാൻ പറയുമ്പോണ്ടല്ലോ എല്ലാം മാറ്റിവെക്കാൻ എല്ലാം മാറ്റിവെക്കാൻ എന്ത് എന്ന് ചോദ്യം വരണം സ്വാമിയെ എന്താ അവിടെ മാറ്റിവെക്കാനുള്ളത് എന്ന് ചോദ്യം വരുമ്പം മാം എന്നത് തെളിയും പിന്നെ ശരണാഗതനായിക്കഴിഞ്ഞു എന്ന് പറയാ ഭഗവാൻ ഇവിടെ പറഞ്ഞു എന്താണ് ഇതും ശ്രദ്ധിക്കേണ്ടതാണ് എം എം വാവിസ്മരൻ ഭാവം ത്യജത്യന്തേ കളയബരം തം തമേവൈതി കൗന്തേയ സദാ തദ് ഭാവഭാവിത ഏതേത് ഭാവത്തെ എന്തൊക്കെയാണോ അന്ധകാലത്തില് അന്ധകാലം എന്ന് പറഞ്ഞാൽ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് ഏത് ഭാവത്തോടുകൂടി ശരീരത്തെ ഉപേക്ഷിക്കുന്നു അതിനനുസരിച്ച് ജന്മം ഇത് ശരി തന്നെയാണെന്നാ ഇതിലൊന്നും സംശയമില്ല അതുകൊണ്ട് അങ്ങനെ ജനിക്കും ജനിച്ചേ മതിയാവൂ അതുകൊണ്ട് എന്ത് വേണം ആ ഭാവം അതുകൊണ്ട് നിങ്ങൾ ജനിക്കാൻ തയ്യാറായിക്കോളൂ എങ്ങനെയുള്ള ജന്മത്തിനായിട്ട് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതുപോലെ ഈ ഭാരതത്തെ ഞാൻ അത്രയും സ്നേഹിക്കുന്നു ആ ഇവിടെ എനിക്ക് ഇനിയും വരണം എന്ന് പറയാം നിങ്ങൾ ജനിക്കാൻ ആഗ്രഹിച്ചോളൂ ഇനിയും എനിക്ക് ഗീത പഠിക്കണം അല്ലെങ്കിൽ മുഴുവൻ ഉപനിഷത്തുകളും പഠിക്കണം അതിനായിട്ട് എനിക്ക് ഇനിയും വരണം ഇതേ കരയോഗം ഹാളിൽ ഇരുന്നിട്ട് തന്നെ എനിക്ക് ഇതേ സീറ്റിൽ തന്നെ ഇരിക്കണം വീണ്ടും ഞാൻ വന്ന് ബുക്ക് ചെയ്യുന്ന പറയും അത് ഇതേ സ്ഥലത്ത് തന്നെ ഞാനിരുന്ന് ഇനിയും ഞാൻ കേൾക്കും അതിനൊന്ന് നിങ്ങൾ ഒന്നുകൊണ്ടും എനിക്കിനി ജന്മം വേണ്ട എന്നൊന്നും നിങ്ങൾ പറയരുത് കുറച്ചു പേരെങ്കിലും പറയരുത് ജനിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു കാരണം ഈ വിശ്വം കണ്ട് മതിയായിട്ടില്ല ടാഗോറിനോട് പറയുന്നില്ലേ അങ്ങേക്ക് ഇനി എന്താണ് എല്ലാം കഴിഞ്ഞില്ലേന്ന് ടാഗോർ പറഞ്ഞു പോരാന്ന പറഞ്ഞ ഇനിയും എന്റെ കവിതകളൊക്കെ ആരംഭിക്കുന്നേ ഉള്ളൂ എന്ന് പറയാം ഞാൻ തുടങ്ങുന്നേ ഉള്ളൂ ഞാൻ ആലോചിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ ആരാ പറഞ്ഞാൽ മതിയായിരുന്നു ഇങ്ങനെയാ നമ്മൾ അങ്ങോട്ട് തീരുമാനിക്കുക മതിയായില്ലേ എന്ന് വയസ്സായ ഒരാളോട് ചോദിക്കുക എന്താ ഇനി പൊയ്ക്കൂടെ എന്ന് നിങ്ങൾ എന്തിനാ അതാരാ നമ്മൾ പറയാൻ പൊയ്ക്കൂടെ എന്ന് അല്ല ഇനിയിപ്പൊ എന്താണ് ൊന്ന് ആലോചിച്ചു ആകെ നമുക്ക് പറയാനുള്ളത് എന്താ എന്താ സ്വാമി ഇപ്പൊ അവർക്ക് അവരുടെ മക്കള് ഭാര്യ മകു മക്കള് മക്കളൊക്കെ നല്ല നിലയിൽ ഒരാൾ അമേരിക്കയില് ഒരാള് ലണ്ടനിൽ പിന്നെ ഒരാൾ അവിടെ ഇവിടെ ഇനിയിപ്പോ അവർക്ക് എന്താണ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ മരിക്കണമെന്നാണ് അല്ല അവരെ സംബന്ധിച്ച് അവർക്ക് സൂര്യോദയം മതിയായിട്ടില്ല ചന്ദ്രോദയം മതിയായിട്ടില്ല പൂക്കളെ കണ്ടിട്ട് മതിയായിട്ടില്ല പല ശബ്ദങ്ങളും കേട്ടിട്ട് മതിയായിട്ടില്ല ഇനിയും ഈ വിശ്വത്തിൽ നിലനിൽക്കണം അതുകൊണ്ട് നമ്മളങ്ങോട്ട് തീരുമാനിക്കരുത് ഇയാൾക്കൊക്കെ ഇനി പോയിക്കൂടെ എന്തിനാ ഇങ്ങനെ കിടക്കുന്നത് നമ്മളും ഇങ്ങനെ അങ്ങോട്ട് തീരുമാനിക്കണം ഈ ലോകം ഈ ലോകത്തെ ഞാൻ എവിടെ നോക്കിയാലും കാണുന്നത് എന്താ ആ ഈശ്വരൻ ആ വിഭൂതി അപ്പം ഞാനെന്തിനും ഈ ലോകത്തെ വെറുക്കണം പന്ത്രണ്ടാം അധ്യായം നല്ലോണം ഓർമ്മ വേണമെന്ന് പറയാം പന്ത്രണ്ടാം അധ്യായത്തിലേക്ക് വരികയാണല്ലോ നമ്മൾ ഒന്ന് പ്രധാനപ്പെട്ടതൊക്കെ ഓർമ്മിപ്പിക്കുന്നുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾ എന്താ എല്ലാം ഒന്ന് ഒന്നുകൂടെ ഗീത ചൊല്ലുന്ന സമയത്ത് നമുക്കിതൊക്കെ ഓർമ്മ വരണമെന്ന് പറയാം ഒൻപതാം അധ്യായം നമുക്ക് നേരിട്ട് അതിലേക്ക് പ്രവേശിക്കാം അധ്യായത്തിൻ്റെ പേര് തന്നെ ഗംഭീരമാണോ അല്ലേ എന്താ പേര് രാജവിദ്യ രാജഗുഹ്യം വിദ്യകളുടെ വിദ്യ രാജാവ് രഹസ്യങ്ങളിൽ രാജാവ് എല്ലാം കൊണ്ടും രാജകീയമാർന്ന ഭാവം കൈക്കൊണ്ട് നേർ പകുതിയിൽ ആ പകുക്കുകയാണെങ്കിൽ അവിടെയാണ് പകുക്കുക എന്ന് പറയാം ഒൻപതിൽ എന്തായിരുന്നു നമ്മളതിൽ കണ്ട രഹസ്യം പത്രം പുഷ്പം ഫലം തോയം വ്യോമേ ഭക്തിയാ പ്രയച്ചതി അതാണ് അതിൻ്റെ രഹസ്യം എന്ന് പറയാം ആ രഹസ്യം പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ചതി തദഹം ഭക്തി ഉപഹൃതം അശ്നാമി പ്രയതാത്മന ഒരു പത്രം ഒരു പുഷ്പം ഒരു ഫലം ഒരു തോയം ഏത് പത്രം ഏതാ മുന്നിട്ട് നിൽക്കുന്ന പത്രം ഇവർ രണ്ടുപേരും കൂടെ നമ്മുടെ തലയ്ക്ക് വട്ടുകൊടിപ്പിക്കുന്നു ഒരു ദിവസം ഒരാൾ പറയുന്നതാണ് ഞങ്ങൾ ഇത്ര ലക്ഷണം പിറ്റേ ദിവസം മറ്റേ ആൾ പറയും ഞങ്ങൾ ഇത് ഈ കണക്കനുസരിച്ച് ചെയ്ത് അല്ല കുറെ ദിവസമായി നമ്മളാകെ കൂടെ കൺഫ്യൂഷനില്ല ആര് പറയുന്ന ശരി എന്തോ ആ പത്രമല്ല ഈ പത്രം പത്രം പുഷ്പം ഫലം തുയം ഇതിനെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അനവധി പ്രാവശ്യം പത്രം കൊടുത്ത് ദ്രൗപതി ഭഗവാനെ സന്തോഷിപ്പിച്ചത് പുഷ്പം കൊടുത്ത് ഗജേന്ദ്രൻ സന്തോഷിപ്പിച്ചത് ഫലം കൊടുത്ത് ശബരി സന്തോഷിപ്പിച്ചത് ജലം കൊടുത്ത് ഇന്ത്യ എന്താ പ്രഹ്ലാ പ്രഹ്ലാദനല്ല മഹാബലി ആ പിന്നെ പലരും അല്ലേ പക്ഷേ നമ്മൾ അതൊക്കെ ഒരു രഹസ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രഹസ്യമല്ല എന്ന് പറയാം അത് പരസ്യമാണ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അത് അത് രഹസ്യമല്ല രഹസ്യം എന്താണ് ഞാൻ കടന്നുവെന്ന വഴിയുണ്ട് എന്ന് പറയാം അല്ലേ ഞാൻ ആവിർഭവിച്ചത് എവിടെന്നാണ് ജലത്തിലാണെൻ്റെ സാധ്യത ഞാൻ തെളിഞ്ഞത് എൻ്റെ ആദ്യത്തെ പ്രകടനം ജലത്തിലായി നാരത്തിലായിരുന്നു എന്ന് പറയാം നാരത്തിലാണ് നാരായണൻ പ്രതിഷ്ഠിച്ചത് എന്നിട്ടോ അവിടെ നിന്ന് ഞാൻ മെല്ലെ പത്രത്തിലേക്ക് വന്നു ആ പത്രത്തിൻ്റെ ആ പത്രം സ്വീകരിച്ചു വീണ്ടും ലോകത്തെ സൗരോർജത്തെ സ്വീകരിച്ചു അവിടെ അത് അന്നം ചെയ്തു ഇല്ലേ അന്നജം കാർബോഹൈഡ്രേറ്റ് അത് ഉൽപ്പാദിപ്പിച്ചു അതിൽ നിന്ന് അതാണല്ലോ അത് അതിൽ നിന്ന് എന്തുണ്ടായി അത് പലതും ശേഖരിച്ചതോടുകൂടി പൂവായി മാറി എന്ന് പറയാം ജലത്തിൻ്റെ പരിണാമമാണ് എന്റെ പരിണാമം ഞാൻ വന്ന വഴികളിലേക്ക് ഞാൻ പോവാണ് രഹസ്യങ്ങളിൽ രഹസ്യം നമ്മൾ ആ വഴിക്ക് പോവാറില്ല എന്ന് പറയാം അതുകൊണ്ട് അത് രഹസ്യമാണ് അറിവിൻ്റെ അറിവും അതാണ് അറിയേണ്ടതും അതിൻ്റെ അപ്പുറത്തൊരു അറിവ് ഇല്ല ഞാനാരെന്ന ചോദ്യത്തിന് ഇവിടേക്ക് കടന്നു വരാതെ അതിൻ്റെ മുള്ള ഒന്നുമില്ല എന്ന് പറയാം അപ്പൊ ജലത്തിൽ നിന്ന് നാരത്തിൽ നിന്ന് പത്രത്തിലേക്ക് അവിടെ നിന്ന് അതിൻ്റെ പാകത പുഷ്പിക്കൽ അതിൻ്റെ പക്വമാകൽ ഫലം അപ്പൊ ഞാൻ അറിയുക എന്നത് തന്നെയാണ് ശ്രദ്ധയോടുകൂടി എൻ്റെ വയ്ക്കലും അതാണ് അർപ്പണം അത് ഞാൻ അങ്ങനെ ആരാണോ ശ്രദ്ധയോടുകൂടി ചെയ്യുന്നത് അത് ഞാൻ സ്വീകരിക്കുന്നു അവനെ തന്നെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയാം അതുമാത്രമല്ലോ അവനെ മൊത്തമായിട്ട് ഞാൻ സ്വീകരിക്കുന്നത് എങ്ങനെയാണോ കുചേലനെ തന്നെ ഭഗവാൻ സ്വീകരിച്ചത് ഇതുപോലെ ആ അത് എന്താ ആദ്യ ജീവരൂപം കൈക്കൊണ്ടത് മുതൽ ഞാനിതാ അത് എല്ലാറ്റിലും നമ്മളതിനെ ആ ശ്ലോകം ഏറ്റവും കൂടുതൽ വിസ്തരിച്ചിട്ടുള്ളതാണ് അതൊക്കെ ഒന്നുകൂടെ നിങ്ങൾ ഓർക്കുക രഹസ്യങ്ങളുടെ രഹസ്യം എന്ന് പറയാം അപ്പൊ ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു പ്രതീകാത്മകമായി ഞാൻ ഇതിനെ ഭഗവാന് മടക്കി കൊടുക്കും നമ്മുടെ ഭാരതത്തിൻ്റെ ഒരു പാരമ്പര്യം ഇതാണ് ഏറ്റവും സവിശേഷമാർന്ന എന്താ പറയുക പാരമ്പ ആ സംസ്കാരം അതായതിപ്പം പുത്രനെ അമ്മ നോക്കുന്നു ചെറിയ കുട്ടിയായ അവൻ്റെ എല്ലാ കാര്യങ്ങളിലും അമ്മ അവനെ നോക്കി നോക്കി അവനെ വളർത്തി വലുതാ ഒരു പ്രായത്തിൽ കഴിഞ്ഞാൽ അവൻ വലുതാവുന്നു ആ സമയത്ത് അമ്മ എന്താവുന്നു തളരുന്നു ആ സമയത്ത് അവൻ്റെ ഉത്തരവാദിത്വമാണ് എന്ത് ചെയ്യാൻ അമ്മയെ നോക്കാൻ അപ്പം അമ്മയെ നോക്കണം താൻ എന്തിനാണ് അമ്മ എന്നെ എത്രയോ നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് അമ്മയെയും അച്ഛനെയും നോക്കുക എന്നത് എൻ്റെ കടമയാണ് അപ്പം അത് ഞാൻ തിരിച്ചു നൽകണം എന്ന് പറയാം അപ്പം ഇതാ ഞാൻ വന്നത് ഇതിലൂടെയാണ് അതിന്റെ പ്രതീകമായിട്ട് താ ഭഗവാനെ ഞാനതിനെ അങ്ങേക്ക് തരുന്നു ഈ ഒരു അറിവോട് കൂടിയിട്ട് അല്ലാതെ മാർക്കറ്റ് പോയിട്ട് ഒരു കിലോ പഴമേടിച്ചിട്ടോ എന്നാ ഇത് ഭഗവാന് കതളിപ്പഴം വലിയ ഇഷ്ടമാണ് അത്ര അല്ലെങ്കിൽ കൂവളത്തിന്റെ അല വലിയ ഇഷ്ടമാണ് തുളസി വലിയ ഇഷ്ടമാണ് ആ കോയമ്പത്തൂരിൽ നിന്ന് ഏറ്റവും നല്ലത് തന്നെ വേറെ അറിവും ഇല്ലാതെയായി കൊടുക്കുന്നതെങ്കിൽ എവിടെ എത്തുന്നില്ല അതുകൊണ്ട് ഈ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു വരിയുണ്ട് എന്താണത് ഭക്തിയാച്ചതി ഭക്തിയോടുകൂടി ആരെനിക്ക് തരുന്നു ഭക്തിയെന്ന് പറയുന്ന ഇതാണ് ഞാൻ വന്ന വഴി ഓർക്കുക നമ്മളൊക്കെ ഈ വന്ന വഴി എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ എടാ വന്ന വഴി ഓർമ്മ വേണമെന്ന് പറയും എന്താ ഇപ്പോ വന്ന വഴി എന്ന് പറയുന്നത് ഓ കുറച്ച് കഷ്ടപ്പാടൊക്കെ നിന്നെ ഞാൻ കുറച്ച് സഹായിച്ചിട്ടുണ്ട് അത് നിനക്ക് ഓർമ്മ വേണമെന്നാണ് ഇല്ലേ ഒരു ഭാരതീയ ഋഷി വന്ന വഴി എന്ന് പറയുമ്പം ഇതാ ഇതല്ല നീ ഉണ്ടായിരുന്നു അവിടെയൊക്കെ എന്നെ പാകപ്പെടുത്താൻ ഒരുപാട് ആളുകൾ യജ്ഞമനുഷ്ഠിച്ചിട്ടുണ്ട് അത് നീ അറിയണം ആ യജ്ഞഭാവം നിനക്കെപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും നീ അതിനെ പ്രകടിപ്പിക്കണം അതാണ് ഭക്തിയുടെ ലക്ഷണം എന്ന് പറയാം അതായത് അഹങ്കാരം കൊണ്ട് കുറെ പൂവൊക്കെ അത് സ്വാമി പറഞ്ഞിട്ടുണ്ട് അത് ആ കൊണ്ടുവരുന്ന വട്ടിയുടെ ശൈലിയൊക്കെ തന്നെ കണ്ടാലറിയാം കൊണ്ടുവരുന്ന തന്നെ നമ്മൾ അവിടേക്ക് അത്തരത്തിൽ ഇന്ന് അമ്പലത്തിൽ പോകുമ്പോൾ ഏത് സാരി ഉടുക്കണം അല്ലെങ്കിൽ സെറ്റ് കൊണ്ട് എടുക്കണോ വേഷി എടുക്കണോ അതിലേത് കര വേണം അതിലൊക്കെയാണ് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം എന്നിട്ട് അവിടെ ഒരു പ്രകടനം നടത്തുക ഈ ഭാവമൊന്നുമില്ല അവിടെ ചിലപ്പോൾ ഈ വട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ അതിനകത്തൊന്നും ഉണ്ടാവില്ല അത് ഈ ആട്ടലിലൊക്കെ മറിഞ്ഞു പോയിട്ടുണ്ടാവും ഇങ്ങനെ ആടി ആടി വന്നിട്ട് പിന്നെ പേരിന് ഒരെണ്ണം പറ്റിപ്പിടിച്ചു നിൽക്കുക അപ്പൊ അവിടെ പോയിട്ട് തിരുമേനി ദ്രൗപതി ഇങ്ങനെ തന്നെയാണ് കൊടുത്തത് അതുകൊണ്ട് പറ്റി പിടിച്ചിട്ടുണ്ട് അതെടുത്താൽ മതി എന്ന് പറയാം അതെ ഒരെണ്ണം അവിടെ കുടുങ്ങിപ്പോയതുണ്ടായിരുന്നു അത്രയേ ഉള്ളൂ അതിനെയല്ല ഇവിടെ ഇത് വളരെ ഈ ഭഗവത്ഗീതയിലെ എന്താ പറയാ സയൻസ് അത് രഹസ്യങ്ങളുടെ രഹസ്യമായിട്ട് ഭഗവാൻ പറഞ്ഞു പത്താം അധ്യായത്തില് തന്റെ വിഭൂതിയെ പറഞ്ഞു വിഭൂതി എന്താണ് വിഭൂതിയുടെ താല്പര്യം ഓരോന്നിലും ഭഗവാൻ ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണെന്ന് പറഞ്ഞു ഒരു പാമ്പില് എന്താ അതിൽ ഞാൻ വാസുകിയാണ് അസുരന്മാരിൽ പ്രഹ്ലാദനാണ് ഇന്നതിൽ ഇന്നതാണ് ഇന്നതാണ് ഇന്ന് നല്ലതിനെ ഭഗവാൻ ഏറ്റെടുത്തു എന്നൊരു വലിയൊരു ആരോപണം ഈ അധ്യായത്തെക്കുറിച്ചുണ്ട് നല്ലതിൻ്റെയൊക്കെ ക്രഡിച്ച് ഇത് നമുക്കാണെങ്കിലോ അങ്ങനത്തെ ഒരു ചിന്ത നല്ല കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തു അത് ഞാൻ ചെയ്തു എന്ന് പറയും പക്ഷേ ഭഗവാൻ ഇവിടെ അത് അർത്ഥമാക്കുന്നത് ഓരോന്നിനും ആയിത്തീരേണ്ട എത്തിച്ചേരേണ്ടുന്നത് ഭഗവാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക എല്ലാവർക്കും നമസ്കാരം പത്താം അധ്യായത്തില് തന്റെ വിഭൂതിയെ പറഞ്ഞു വിഭൂതി എന്താണ് വിഭൂതിയുടെ താത്പര്യം ഓരോന്നിലും ഭഗവാൻ ഇന്നതാണ് ഇന്നതാണ് ഇന്നതാണ് ഒരു പാമ്പില് എന്താ അതിൽ ഞാൻ വാസുകയാണ് അസുരന്മാരിൽ പ്രഹ്ലാദനാണ് ഇന്നതിൽ ഇന്നതാണ് ഇന്നതാണ് നല്ലതിനെ ഭഗവാൻ ഏറ്റെടുത്തു എന്നൊരു വലിയൊരാരോപണം ഈ അധ്യായത്തെക്കുറിച്ചുണ്ട്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 മുഴുവൻ സാധ്യതയെ പുറത്തേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഓരോന്നിനെ ഭഗവാൻ ഓരോന്നിലും കാണിക്കുക അസുരന്മാർക്ക് മുഴുവൻ ഉദാ എന്താ പറയുക ഉദാഹരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ മാതൃകയായി സ്വീകരിക്കാൻ പോകുന്നവനാണ് പ്രഹ്ലാദൻ അതുകൊണ്ട് ഞാൻ അവനാകുന്നു പാണ്ഡവന്മാരിൽ നീ എന്തുകൊണ്ടും കേവനാണ് അതുകൊണ്ട് അവർക്കൊക്കെ നീ സ്വീകാര്യനായിരിക്കട്ടെ ഇങ്ങനെ ഭഗവാൻ വിഭൂതി യോഗത്തെ വിസ്തരിച്ചു വന്നു പറയാം പതിനൊന്നാം അധ്യായം വിശ്വരൂപ ദർശനം വിശ്വരൂപ ദർശനം വിസ്തരിച്ച് തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അധ്യായമാണ് അർജുനൻ ഒന്നൊഴിയാതെ എല്ലാറ്റിനെയും ഭഗവാന്റെ ആ വിശ്വരൂപമായി കാണുന്നു അതിനായിക്കൊണ്ട് ഭഗവാൻ ദിവ്യമാർന്ന ചക്ഷുസിനെ കൊടുത്തു ഈ ദിവ്യം എന്ന പ്രയോഗം ഭഗവാൻ പലയിടത്ത് വളരെ ശ്രദ്ധാപൂർവം പ്രയോഗിക്കുന്നതാണ് എന്റെ ദിവ്യമാർന്ന ജന്മം എന്റെ ദിവ്യമാർന്ന കർമ്മം എൻ്റെ ദിവ്യമാർന്ന ജന്മത്തെയും ദിവ്യമാർന്ന കർമ്മത്തെയും അറിയാൻ ദിവ്യമാർന്ന നേത്രവും വേണം അതുകൊണ്ട് ഞാൻ നിനക്ക് തരാം ദിവ്യം ദദാമി തേ ചക്ഷുഹു നിനക്ക് ഞാൻ ദിവ്യമാർന്ന കണ്ണുകളെ തരാം അറിവാകുന്ന നേത്രത്തെ തരാം അതിലൂടെ നീ നോക്കൂ ആ സമയത്താണ് അർജുനൻ എല്ലാം കാണുന്നത് എന്ന് പറയാം ഒന്നൊഴിയാതെ ഈ വിശ്വത്തിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമ്മളെന്തൊക്കെ കാണാൻ ഇടവരുന്നുവോ അതെല്ലാം തന്നെ വിശ്വരൂപമാണ് പക്ഷേ അത് വിശ്വരൂപമാകുന്നുള്ളൂ വിശ്വത്തിൻ്റെ ആ അധ്യായത്തിൻ്റെ പേര് തന്നെ വളരെ ഗംഭീരമാണ് നമ്മുടെ പ്രതിരൂപമാണ് എന്ന് പറയാം നമ്മുടെ നമ്മളെ കണ്ണാടിയിൽ കാണുക എന്തൊക്കെയാണോ ലോകത്തിൽ അനിഷ്ടങ്ങൾ കാണുന്നത് അത് നമ്മുടെ ഉള്ളിലുള്ളതാ എന്തൊക്കെയാണോ ഇഷ്ടങ്ങൾ അതും നമ്മുടെ ഉള്ളിലുള്ളതാ നാവാണ് വിശ്വം നാം ആണ് വിശ്വമായി പരിണമിച്ചിരിക്കുന്നത് ഇത് നമുക്ക് കാണാൻ സാധിക്കണമെന്ന് പറയും അതിൻ്റെ ഒരു എന്താ കാഴ്ചയുടെ ഏറ്റവും എന്താ അത്യുദാത്തമായ ഭാവങ്ങളെ അർജുനൻ ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നു അത് തന്നെയാണ് എന്താ ചെറുപ്പത്തിൽ യശോദ ഭഗവാനെ കണ്ട സമയത്തും അങ്ങനെയാണ് കാണുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൽ ഭക്തിയോഗം ഭക്തിയോഗത്തില് ഭക്തന്റെ ലക്ഷണങ്ങൾ പറഞ്ഞു ഇതല്ലെങ്കിൽ ഇത് ഇത് ഓരോരോ പോം വഴികള് ഭഗവാൻ പറഞ്ഞു എങ്ങനെയാണ് ഉത്തമനായ ഭക്തനായി നിലകൊള്ളേണ്ടത് എന്ന് പന്ത്രണ്ടാം അധ്യായത്തിൽ അർജുനന് സംശയമുണ്ടായിരുന്നു ആരംഭത്തിൽ ഏതാണ് അങ്ങയുടെ സക സഗുണമായിട്ടുള്ള ആരാധനയാണോ നിർഗുണമായിട്ടുള്ള ആരാധനയാണോ ഏതാണ് ശ്രേഷ്ഠം അങ്ങനെ ഏതെങ്കിലും ഒരു രൂപത്തിൽ ധ്യാനിക്കുന്നതാണോ അതോ രൂപമില്ലാത്ത ധ്യാനമാണോ ഭഗവാൻ അതിന് പറഞ്ഞു രൂപത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ആരാണോ രൂപവും ശ്രദ്ധയും അവൻ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അതേസമയം ജ്ഞാനി ഞാൻ തന്നെയാണ് എന്ന് പറയുക അങ്ങനെ ഭക്തിയുടെ ലക്ഷണത്തെ ഭഗവാൻ പറഞ്ഞു നിർഗുണമായിട്ടുള്ള ഉപാസന ക്ലേശകരമാണ് എന്തുകൊണ്ടെന്നാൽ ദേഹ അഭിമാനത്തോടുകൂടിയുള്ളവനാണ് ദേഹാഭി ദേഹാഭിമാനവദ്ബിഹി ക്ലേശ അധിക തരഹ ദേഹവദ്ബിഹി എന്നുള്ളതിന് ആചാര്യ സ്വാമികളുടെ പക്ഷം ശരീരമനോബുദ്ധി ഉപാധികൾ ഞാനെന്ന് കരുതുന്നവന് നിർഗുണ ഉപാസന കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാ പറഞ്ഞത് അതുകൊണ്ട് അതിൽ ഞാനെന്ന് ബുദ്ധിയെ കൈവടിയണം പതിമൂന്നാം അധ്യായം ക്ഷേത്ര ക്ഷേത്രജ്ഞ സംയോഗം അതിൽ പ്രകൃതിയെയും പുരുഷനെയും ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും ഒക്കെ വിസ്തരിച്ച് പറഞ്ഞു അവിടെയാണ് എന്താണ് ഭഗവാൻ ജ്ഞാനത്തിന്റെ ലക്ഷണമായിട്ട് ഇരുപത് ഗുണങ്ങൾ പറഞ്ഞത് അമാനിത്വം അദമ്പിത്വം അഹിംസ ശാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യം ആത്മവിനിഗ്രഹ ഇത്യാദി കാര്യങ്ങൾ അഹിംസ ീ ഗീതയുടെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒന്നാണ് അഹിംസ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ജീവിയെ കൊല്ലാതിരിക്കൽ എന്നതിൽ ഉപരി ഞാനെന്നും എൻ്റേതെന്നും ഉള്ളതാണ് ഏറ്റവും വലിയ ഹിംസ അതിനെതിരായിട്ടുള്ളതാണ് അഹിംസ നിസ്സംഗതയാണ് അഹിംസ എന്ന് പറയുക സംഘമാണ് ഹിംസ അതുകൊണ്ട് അർജുനൻ നിലനിന്നത് ഹിംസയിലാണ് ഹിംസയിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ അർജുനോട് പറയുന്നത് എന്ത് പറയുന്നത് എന്നെ എന്തിനാണ് ഹിംസിക്കാൻ പ്രേരിപ്പിക്കുന്നത് അതെങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് ഭഗവാൻ അവിടെയാണ് അർജുനനെ പൂർണ്ണമായി തിരുത്തുന്നത് എന്ന് പറയാം പതിനാലാം അധ്യായം ഗുണത്രയ വിഭാഗയോഗം തത്വഗുണം രജോ ഗുണം തമോ ഗുണം ഈ ഗുണങ്ങളെ കുറിച്ച് എന്താ വിസ്തരിച്ച് തന്നെ ഭഗവാൻ പറഞ്ഞു ആ വിസ്തരിച്ചതൊക്കെ നമ്മളും വിസ്തരിച്ചു പെട്ടെന്ന് തന്നെ ഭഗവാൻ പതിനാലാം അധ്യായത്തിലെത്തി പതിനാലാം അധ്യായത്തില് പതിനാലാം അധ്യായത്തിലെത്തിയില്ലേ അതെ പതിനാലാം അധ്യായത്തില് ശ്രദ്ധേയമായിട്ടുള്ള ഈ ഗുണത്രയ വിഭാഗം ഗുണ ഗുണങ്ങളുടെ വിഭാഗം തന്നെ ഭഗവാൻ വിസ്തരിക്കുന്നു ഇതിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ശ്ലോകമാണ് മൂന്നാമത്തത് മമയോനിർ മഹദ് ബ്രഹ്മ തസ്മിൻ ഗർഭം ദാമ്യഹം സംഭവ സർവഭൂതാം തദോഭവതി ഭാരത ഇത് ഗംഭീരാണല്ലേ ശ്ലോകം ഇതൊക്കെ ആ ശ്ലോകം വളരെ വളരെ നന്നായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മ വരട്ടെ ഇത്രയേ ഉള്ളൂ സ്വാമി ജസ്റ്റ് ശ്ലോകം പറയുന്നേ ആ സമയത്ത് ഇതെല്ലാം ഓർമ്മ വരട്ടെ സർവയോനിഷു കൗന്ദേയ അമൂർത്തയ സംഭവ സംഭവ സംഭവന്തിയാഹ താസാം ബ്രഹ്മ മഹദ്യോനി അഹം ബീജപ്രദപ്പിത ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ പിതൃത്വത്തെയും മാതൃത്വത്തെയും ഭഗവാൻ ഏറ്റെടുക്കുന്നത് പതിനഞ്ചാം അധ്യായം ഈ വിശ്വത്തെ ഒരു വൃക്ഷമായി നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച് ആ വൃക്ഷത്തെ എങ്ങനെ അറിയണം അതിൻ്റെ മൂലം വേര് മുകളിലേക്കും അതിൻ്റെ ശാഖകൾ താഴേക്കും ഈ സംസാര വൃക്ഷത്തെ അറിഞ്ഞ് ഈ സംസാരവൃക്ഷത്തെ മുറിക്കണം അസംഗമാകുന്ന ശസ്ത്രം കൊണ്ട് മുറിക്കണം എന്നിട്ട് ആ പദത്തെ പ്രാപിക്കണം ഏത് പദത്തെ തിരിച്ചുവരവില്ലാത്ത പദത്തെ ിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു മാത്രമല്ല അതില് അഹം വൈശ്വാനരോ ഭൂത്തുവ വളരെ പ്രധാനപ്പെട്ട ശ്ലോകമാണ് ഞാൻ വൈശ്വാനരനായി ഭവിച്ചിട്ട് പ്രാണിനാമദേഹം ആശ്രിത അവിടെ നമ്മൾ കഠോപനിഷത്തിലെ മന്ത്രം കണ്ടു എന്നാണ് സ്വാമിയുടെ ഓർമ്മ നചികേതസ് യമന്റെ പുരിയിലേക്ക് വരുമ്പം യമൻ പരിചയപ്പെടുത്തുന്നതേ അങ്ങനെയാണ് യമൻ യമന് വലിയൊരു തെറ്റിദ്ധാരണ ഉണ്ടായി കാരണം യമൻ വന്ന സമയത്ത് നജികേദാസ് അവിടെ ഇല്ലായിരുന്നു ക്ഷമിക്കണം നജികേദാസ് അവിടെ പോയപ്പോ യമൻ അവിടെ ഇല്ലായിരുന്നു ഒറ്റ വേറെ എവിടേക്കോ ഡ്യൂട്ടിക്ക് പോയതായിരുന്നു അപ്പൊ വരാൻ വൈകുന്നു അത് മൂന്ന് ദിവസം തെരഞ്ഞു പിടിക്കുകയായിരുന്നു ആളെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്നായിട്ട് എടുത്തു കൊണ്ടുപോവുകയായിരുന്നു അപ്പോഴാണ് ആളെ എത്തിയത് അപ്പൊ പറയുന്നുണ്ട് വൈശ്വാനര പ്രവിശദീ വൈശ്വാനരനാണ് പ്രവേശിച്ചത് അതിഥിർ ബ്രാഹ്മണോ ഗൃഹാൻ തസൈതാം ശാന്തിം കുറുവന്തി ഹര വൈവസ്വതോദകം ഹേ വൈവസ്വത ഉദകം ഹര ഉദകത്തെ ജലത്തെ കൊണ്ടുവന്നാലും എന്തിനാണ് വൈശ്വാനര പ്രവിശതി ദാ വൈശ്വാനരൻ പ്രവേശിച്ചിരിക്കുന്നു ആരായിട്ട് അതിഥി ബ്രാഹ്മണോ ഗൃഹാൻ അതിഥിയായിട്ട് ബ്രാഹ്മണ വേഷത്തിൽ ദാ ഗൃഹത്തിൽ വന്നിരിക്കുകയാണ് യമപത്നി പറയുന്നതാ ധൂമോർണ എന്നാണ് യമന്റെ ഭാര്യയുടെ പേര് നല്ല പേരാ കുട്ടി കിടാൻ പറ്റിയതാ പറയണോ അല്ലയോ യമേട്ട എന്നൊന്നുമല്ല ഹേ എന്താ നമ്മളൊക്കെ അങ്ങനെയാണല്ലോ പറയാം ഏട്ടാവിളിയൊന്നും ഇല്ല എന്ന് പറയാ ഭൈവസ്വത ഇതാ ഉദകം ജലം കൊണ്ടുവരൂ ശാന്തി കുറുവന്തി ശാന്തിയെ ചെയ്താലും അപ്പൊ നമ്മുടെ വീട്ടില് നമ്മുടെ ഒരു സംസ്കാരമാണത് ഈ ഉപനിഷത്തിൽ നിന്നൊക്കെയാണ് സംസ്കാരം ഉണ്ടായിട്ടുള്ളത് അപ്പൊ വീട്ടിൽ ആര് വന്നു കഴിഞ്ഞാലും എന്ത് കൊടുക്കണം ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിലും വേണ്ടെങ്കിലും കൊടുക്കണം അല്ലെങ്കിലോ പറയണോ യവൻ തന്നെ പേടിച്ചുകൊണ്ട് പറയണം ആശാപ്രതീക്ഷേ സങ്കതം സൂനൃദാ ചാർത്തെ പുത്രപശൂം ച സർവാൻ എതദ്വൃത്തെ പുരുഷയാൽപ്പേധസോ യനശ്നൻ വസതി ബ്രാഹ്മണോ ഗൃഹേ യ്രാഹ്മണ ഗൃഹേ യാദൊരു ബ്രാഹ്മണന്റെ ഗൃഹത്തിലാണോ യാദൊരുവൻ അനശ്നൻ വസതി ഒന്നും കഴിക്കാതെ ഭക്ഷണമൊന്നും കഴിക്കാതെ നിൽക്കുന്നത് അവന്റെ ഇതാ ഇത്രയും കാര്യങ്ങൾ പോകുന്ന എന്തൊക്കെയാണ് നല്ല കാര്യങ്ങളൊക്കെയാ പോകുന്നത് എന്തൊക്കെയാ പോകുന്നത് ഇതാ എണ്ണി എണ്ണി പറയാണ് വൈശ്വാന അതിഥിർ ബ്രാഹ്മണോ ഗൃഹാൻ തസ്യതാം ശാന്തി കുറുവന്തി എന്താ ഹേ വൈവസ്വത ഉദകം ഹര ആശ എന്തെങ്കിലുമൊക്കെ ആശ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇല്ല എന്നൊക്കെ പറയും എന്നിട്ട് നമ്മൾ പറഞ്ഞല്ലോ ചിഹ്ന ചിന്ന അതൊക്കെ ഉണ്ടാവുള്ളൂ ആശ ചിന്ന ചെറുതായി എന്നാലും ആശ എന്തെങ്കിലുമൊക്കെ നേടണം കിട്ടണം പ്രതീക്ഷ കിട്ടും എന്ന് ഉറപ്പായത് ഉണ്ടാവില്ല ആശ സംഗതം വന്നു ചേർന്നത് സൂനൃതം നല്ല വാക്ക് ഇഷ്ടം പൂർത്തം ഇഷ്ടകർമ്മങ്ങള് പൂർത്തകർമ്മങ്ങൾ പുത്രൻ പശുവിൻ എല്ലാം നഷ്ടപ്പെടുന്നതാണ് എങ്ങനെ ഈ വൈശ്വാനരനെ നിന്ദിച്ചാൽ ഈ വൈശ്വാനരനെ അവഗണിച്ചാൽ അതുകൊണ്ട് ഉപനിഷത്ത് അത്രയും ശ്രദ്ധയോടുകൂടി പറയുന്നു വൈശ്വാനരനെ നമ്മൾ എന്തു വേണം ഏതൊരുവന്റെയും വൈശ്വാനരനാണ് വീട്ടിലേക്ക് വരുന്നതാരാണ് വൈശ്വാനരൻ അതുകൊണ്ടാണ് അതിഥിയാവുന്നത് വൈശ്വാനര പ്രവിശതി എന്നാണ് അഹം വൈശ്വാനരോ ഭൂത്തു ആ പ്രാണിനാം ദേഹമാശ്രിത ആ വൈശ്വാനരനായിക്കൊണ്ട് പൂജ അങ്ങനെ പുരുഷോത്തമനെ കുറിച്ച് പറഞ്ഞു ദൈവാസുര സമ്പദ് വിഭാഗയോഗം എന്ന പതിനാറാം അധ്യായത്തില് ബ്രഹ്മാണ്ടത്തിന്റെ ബ്രഹ്മാണ്ടവും എന്താ അതെ ഈ വിശ്വത്തെ പൂർണ്ണമായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിന് തടസ്സങ്ങളായി നിൽക്കുന്ന നേരത്തെ പറഞ്ഞത് തന്നെ ഇവിടെ വീണ്ടും ഭഗവാൻ മൂന്ന് ശ്ലോകത്തിൽ ഒരുമിച്ച് പറഞ്ഞു എന്തൊക്കെയാണ് അഭയം സത്വസംശുദ്ധി ജ്ഞാനയോഗ വ്യവസ്ഥിതി ദാനം ധമ യജ്ഞ സ്വാധ്യായ തപ ആർജവം അഹിംസ സത്യം അക്രോധം ത്യാഗം ശാന്തി അപൈശ്വനം ദയാ ഭൂ ഭൂതേശ്വലോലുപത്വം ഇത്യാദി ഗുണങ്ങളെ കുറിച്ചൊക്കെ വീണ്ടും പറഞ്ഞു ഈ ഗുണങ്ങളൊക്കെ ഇതൊക്കെയാണ് യുദ്ധം ചെയ്യാൻ വേണ്ടുന്നത് എന്ന് പറയാ പിന്നെ തപസ്സിനെക്കുറിച്ച് ശ്രദ്ധയെക്കുറിച്ച് അശാസ്ത്രവിഹിതം ഘോരം തപ്യന്തേയെ തപോചനാഹ ദമ്പാഹങ്കാര സംയുക്ത കാമരാഗലാന്വിതാഹ ഇത്യാദി ശ്ലോകങ്ങളൊക്കെ ഓർമ്മ വേണം ആഹാരത്തെക്കുറിച്ച് പറഞ്ഞു വളിച്ചതും പുളിച്ചതും ഒക്കെ കഴിക്കുന്നതിനെക്കുറിച്ച് താമസന്മാരുടെ ആഹാരം രാജസന്മാരുടെ ആഹാരം സാത്വികന്മാരുടെ ആഹാരം പതിനെട്ടാം അധ്യായം പെട്ടെന്നാണ് ഭഗവാൻ തുടങ്ങിയത് പതിനേഴ് കഴിഞ്ഞു അതെ പതിനേഴൊക്കെ ഇപ്പം എടുത്തതാണ് മോക്ഷസന്യാസ യോഗം സന്യാസത്തെ ഭഗവാൻ നിർവചിച്ചു കാമ്യാനാം കർമ്മണ സന്യാസം ഇതുവരെയുള്ള പതിനെട്ടാം അധ്യായത്തിൽ ഇതുവരെ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ നിങ്ങൾക്ക് നല്ല ഓർമ്മയുണ്ട് എന്ന് സ്വാമിക്ക് അറിയാം അതുകൊണ്ട് നമ്മൾ എത്ര ശ്ലോകം വരെ നിർത്തി के रेंडो। नूड़ा तमे शरण गर्व भारत तत्दात्म शांति स्थान प्राप्त शाश्वत श्रद्धा इवड़ना സ്വാമി പറഞ്ഞതിന് എല്ലാം ഇനിയും എങ്ങനെയെങ്കിലുമൊക്കെ വന്നുകൂടും വരുന്ന ദിവസങ്ങളെ കൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ അങ്ങേയറ്റം ശ്രദ്ധയോടുകൂടിയിരിക്കും ഏ തമേവ ശരണം ഗച്ച സർവഭാവേന ഭാരതാം തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം പറയണോ ഹേ ഭാരത എവിടെയൊക്കെ ഭഗവാൻ അർജുനനെ ഭാരത എന്ന് വിളിച്ചുവോ ഒക്കെ ഓർത്തുകൊള്ളുക ആ അറിവിൻ്റെ നിറവിലേക്ക് ഭഗവാൻ അർജുനനെ എന്താ പറയാ തള്ളിവിടുക എന്നോ അല്ലെങ്കിൽ എന്താ പറയാ പ്രേരിപ്പിക്കുകയെന്നോ ഒക്കെ പറയുന്നത് അറിയാനുള്ള ആ താല്പര്യത്തെ എന്താ അതീവ ശ്രദ്ധയോടുകൂടി സ്വീകരിക്കേണ്ടുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്നതാണ് ഭാരത എന്ന വിളി പറയണു സർവഭാവേന എല്ലാ ഭാവം കൊണ്ടും തം അതിനെ അവനെ ശരണം കച്ച ശരണമാക്കി നീ പ്രാപിച്ചാലും രക്ഷാസ്ഥാനമായി നീ അതിനെ സ്വീകരിച്ചാലും തത്പ്രസാദാത് അതിന്റെ പ്രസാദം കൊണ്ട് പരാംശാന്തി ആ ഉത്കൃഷ്ടമായ ശാന്തിയെയും ശാശ്വതം നിത്യമായ എന്നും നിലനിൽക്കുന്ന ആ പരമപദത്തെയും സ്ഥാനം പ്രാപ്സി നീ പ്രാപിക്കും തുടർന്ന് ഭഗവാൻ പറയുന്നു നോക്കാം ഖ്യാതം ഗുഹ്യത് ഗുഹ്യതരം മയാ വിമൃശ്യേത് യത് അശേഷേണ യഥാ ഇച്ഛസി തഥാ ഗുരു ഇതാണ് നമ്മുടെ ഒരു നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം എന്ന് പറയാം എന്താ തന്നിരിക്കുന്നത് ഇത് ഗുഹ്യത് ഗുഹ്യതരം ജ്ഞാനം മയാ ആഖ്യാതം ഇപ്രകാരം ഇത് ഇപ്രകാരം ഗുഹ്യാത് രഹസ്യത്തേക്കാൾ ഗുഹ്യതരം ഏറ്റവും രഹസ്യമാർന്ന ജ്ഞാനം അറിവിനെ മയ എന്നാൽ ആഖ്യാതം പറയപ്പെട്ടു എന്താ വേണ്ടത് ഏതത് ഇതിനെ അശേഷേണ ഒന്നൊഴിയാത് ഒന്നുമുതൽ അല്ലെങ്കിൽ ഭഗവാൻ അശോചിയാൻ എന്ന് തുടങ്ങിയിട്ടുള്ളത് മുതൽ നീ എന്ത് ചെയ്യണം വിമർശിയ ആലോചിച്ചിട്ട് വിമർശനത്തിന് വിധേയമാക്കിയിട്ട് വിമർശിയാന്ന് പറഞ്ഞാൽ ആലോചിച്ചിട്ട് എന്നാണ് യഥാ ഇച്ചസി എങ്ങനെ തോന്നുന്നുവോ എങ്ങനെയാണോ നീ ആഗ്രഹിക്കുന്നത് ഈ അറിവിൻ്റെ വെളിച്ചത്തിൽ നിനക്കെന്താണോ തോന്നുന്നത് തഥാഗുരു നീ അത് പ്രകാരം ചെയ്യൂ ഇതുവരെ ഞാൻ പറഞ്ഞത് അറിവിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ പാരമ്യമാണ് എന്ന് പറയാം ഈ കേട്ടതിന് മുഴുവൻ നീ ഒന്ന് വിചിന്തനം ചെയ്യൂ ഒന്ന് വിശകലനം ചെയ്തിട്ട് നിനക്ക് എന്തു തോന്നുന്നുവോ നീ അത് പറയും എന്തുകൊണ്ടെന്നാണെങ്കിൽ അർജുന നീ കേൾക്കൂ ശ്രദ്ധിക്കൂ എന്ന് പറയും പറയും സർവഗുഹ്യതമം ഭൂയു മേ പരമം വച്ചോസിമേ ദൃഢമിതി തോ വക്ഷിത്തെ സർവഗുഹ്യതമം ഭൂയഹ ശൃണുമേ പരമം വചഹ ഇഷ്ടോസിമേ ദൃഢമിതി തതോ വക്ഷ്യാമിത്തെഹിതം സർവഗുഹ്യതമം ഏറ്റവും രഹസ്യങ്ങളിൽ രഹസ്യം ഭഗവാൻ വീണ്ടും പറയാൻ പോവാ ഇത് എവിടുന്നെങ്കിലും ഈ മാർക്കറ്റിലെ ചാക്കരി ഉണ്ടല്ലോ നിങ്ങൾ ഇടയ്ക്ക് പോയിട്ട് നമ്മളിങ്ങനെ ഒരു കുത്തിയിട്ടൊരു സാധനം എടുത്തിട്ട് നോക്കിയിട്ട് ഗുണം പറയും അതുപോലെ ഗീതയിലെ ശ്ലോകം പറഞ്ഞാൽ പോരാ എന്ന് പറയാം അതുകൊണ്ട് പറയാൻ പോകും അതിനൊരു ഭഗവാൻ ഒരു ശ്ലോകത്തെ പറയുന്നതിന് ആമുഖം രചിക്കണം എന്താ പറയണത് സർവഗുഹ്യതമം രഹസ്യങ്ങളുടെ രഹസ്യമായിട്ട് മേ പരമഹ എന്റെ പരമമായ ഉത്തമമായ വചഹ വാക്കിനെ ഭൂയഹ ശൃണു വീണ്ടും കേട്ടാലും ഞാനിതാ നിനക്ക് രഹസ്യങ്ങളുടെ രഹസ്യത്തെ ഉരുക്കഴിക്കാൻ പോകുന്നു നിന്റെ മുൻപിൽ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട വാക്കിന്റെ വാക്ക് വാക്കിന്റെ വാക്ക് എന്ന് പറയാ വാക്കിന്റെ വാക്കായിട്ടുള്ളതിനെ ഞാൻ ഇതാ പറയാൻ പോണു ശ്രൂണു കേട്ടാലും എന്തുകൊണ്ടെന്നാൽ നീ മേ ദൃഢം ഇഷ്ട അസി എനിക്ക് നീ അങ്ങേയറ്റം എന്താ പറയാ എനിക്ക് ഉറ്റ തോഴനാണ് നമ്മൾ ഭഗവാന്റെ വളരെ വളരെ പ്രിയപ്പെട്ടവനാണ് എന്ന് പറയാം അസി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഇഷ്ടനാകുന്നു കഥ അതുകൊണ്ട് തേ നിനക്ക് ഹിതം ഹിതകരമായതിനെ അഹം ഭക്ഷ്യാമി ഞാൻ പറഞ്ഞു തരാം അതുകൊണ്ട് അർജുന ഞാനിതാ നിനക്ക് എന്താ പറയുക പരമമായ ഏറ്റവും രഹസ്യമാർന്ന സനാതനധർമ്മത്തിൻ്റെ കാതലായിട്ടുള്ളതിന് എനിക്ക് അറിയാവുന്നതിൽ എനിക്ക് പറയാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും അത്യുദാത്തമായ ഇതുവരെ ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പവിത്രമായ ഇനി അങ്ങോട്ട് പറയാനില്ലാത്തൊരു കാര്യം ഞാൻ നിനക്ക് നാളെ പറഞ്ഞു തമേവ ശരണം ഗച്ച സർവഭാവേന ഭാരത തത്പ്രസാദാത് പരാം ശാന്തിം സ്ഥാനം പ്രാപ്സി ശാശ്വതം അല്ലയോ അർജുന സർവഭാവേന എല്ലാ പ്രകാരത്തിലും എല്ലാ ഭാവം കൊണ്ടും എല്ലാ ഭാവം കൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണോ ഭഗവാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാം കൊണ്ട് എല്ലാം നീ ഉൾക്കൊണ്ടുകൊണ്ട് യത് കരോഷി യശ്നാസി മുതൽ അച്ഛേദ്യോയം അതാഹ്യോയം എന്നൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പറഞ്ഞ് സംസ്കാരം ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ആ എല്ലാ പ്രകാരത്തിലുള്ള ഭാവം കൊണ്ടും ണം തം അതിനെ ശരണം അതിനെ നീ ശരണാഗതി ശരണം പ്രാപിക്കേണ്ടതുണ്ട് എന്ന് പറയാം ശരണം എന്ന് പറഞ്ഞത് കഴിഞ്ഞ അധ്യായത്തില് പല അധ്യായങ്ങളിലായിട്ട് നമ്മൾ കണ്ടതാണ് എന്താണ് ശരണം അതായത് ഒരു തിര ഞാൻ സമുദ്രമാണ് എന്നറിയുന്നതാണ് ശരണം ഒരു കുമിള ഞാൻ ജലമാണ് എന്നറിയുന്നതാണ് ശരണം അതിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ നമസ്കാരാദികൾ ചെയ്യുന്നത് അതല്ലാതെ ചെയ്യുന്നതാണെങ്കിൽ ഒരു കാര്യമില്ല എപ്പോഴും നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ പല പല ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് ഇപ്പം യജ്ഞശാലയിൽ ആദ്യം മുതൽ കിട്ടിയിട്ടുള്ള ചില ചോദ്യങ്ങളിൽ ഒന്ന് ധ്യാനം തുടങ്ങിയ ആ സമയങ്ങളിൽ എപ്പോഴാണോ നമ്മൾ വൈകിട്ട് അതായത് യജ്ഞം സമാപിക്കുന്ന സമയത്ത് നമശിവായ ചൊല്ലാറുള്ളത് ആ സമയത്ത് പറഞ്ഞു കൃഷ്ണന്റെ കാര്യമല്ലേ പറയുന്നത് നമശിവായ്ക്ക് പകരം വാസുദേവ ഓം നമോ ഭഗവതേ വാസുദേവായ ആവാം എന്ന് അപ്പം സ്വാമിക്ക് ചിലപ്പം വല്ലാതെ വിഷമം തോന്നേ കാരണം എന്താണ് നമ്മൾ സ്വീകരിക്കുന്നത് എന്നുള്ളത് പിന്നെ ആരോ പറഞ്ഞു ഇവിടെ കൃഷ്ണന്റെ വിഗ്രഹയെ കാണാനില്ല എന്ന് സ്വാമിയെ സംബന്ധിച്ച് നിങ്ങൾ ഗുരുവായിരുന്നു അല്ലെങ്കിൽ ഈ ഫാൻസി സ്റ്റോറിന് കാശ് കൊടുത്ത് അല്ലെങ്കിൽ വില വേശി പൾപ്പിൽ തീർത്ത കൃഷ്ണനെ അല്ല സ്വാമി കൃഷ്ണൻ എന്ന് കാണുന്നത് അതിലപ്പുറത്ത് കരന്യാസത്തിലൂടെ പ്രതിഷ്ഠിക്കുന്ന ആ മഹാ എന്താ ആചാര്യൻ എന്തൊക്കെയാണോ ഗീതയിൽ പറഞ്ഞിട്ടുള്ളത് അതിനെ സന്നിവേശിപ്പിക്കലാണ് സ്വാമിയുടെ ജോലി അത് നിങ്ങൾ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്താ പറയുക അർച്ചനയോ പൂജയോ എന്ത് വേണമെങ്കിലും ആയിക്കോളൂ അത് വേറെ കാര്യം അതുകൊണ്ട് ഇവിടെ വെച്ച് ദിവസവും മണിയടിച്ച് ആരതി ഒഴിയുക അതൊന്നും പ്രതീക്ഷിക്കേണ്ട സ്വാമി പറഞ്ഞിട്ടുണ്ട് അതിന് നിങ്ങൾക്ക് ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോവാമെന്ന് പറയും ഇത് ജ്ഞാനയജ്ഞമാണോ ഇവിടെ ഇത് തന്നെ അധികമാണ് നമ്മളെ സംബന്ധിച്ച് പിന്നെ എന്തുകൊണ്ട് പറഞ്ഞു ഇതും കൂടെ ഇല്ലെങ്കിൽ ഗുരുനിന്ത്യ എന്ന് പറയും ഇതും ആവശ്യമില്ലാസം അതാ പിറകിൽ കൃഷ്ണൻ ഉണ്ട് പക്ഷെ അതാരോ കാണുന്നില്ല എന്ന് പറയാം അതുകൊണ്ട് ഇവിടെ പറയുന്ന ഈ അവസാനിക്കാൻ പോകുമ്പോ നിങ്ങൾ വളരെ വളരെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കുഴപ്പങ്ങളാണ് വീണ്ടും അവസാനം സ്വാമി ഇതൊക്കെ എന്തൊക്കെയോ പറഞ്ഞു പോയി എന്നാവൂ പിന്നെ നിങ്ങളെ നിങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും സ്വതന്ത്രമായി ചിന്തിക്കാൻ ഭഗവത്ഗീത ഏറെ വ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുള്ള ശാസ്ത്രമാണ് അതൊരു കൽപ്പ തരുവാണ് ഏതാഗ്രഹത്തോടുകൂടിയിട്ടാണോ നാം അതിനെ സമീപിക്കുന്നത് ആ ആഗ്രഹത്തെ പൂർത്തീകരിക്കാൻ പോന്ന ഒരു മഹാമനസ് ഭഗവത്ഗീതയ്ക്കുണ്ട് കാട്ടുകള്ളൻ ഭഗവത്ഗീതയെ സമീപിച്ചു കഴിഞ്ഞാൽ നന്നായി കക്കാം എന്നും പറഞ്ഞു അതെ എന്താണോ നമുക്ക് വേണ്ടത് അത് ഇതിൽ നിന്ന് കിട്ടും എന്ന് പറയാം അപ്പൊ നമ്മുടെ ശ്രദ്ധ ഭഗവാൻ പറഞ്ഞുവല്ലോ അവന് എന്താണവന്റെ ശ്രദ്ധ അത് ഞാൻ അവന് കൊടുക്കും അവന് വേണ്ടത് ഞാൻ കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ശ്രദ്ധിക്കൂ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുറെ കാലായല്ലോ നമ്മൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ ഭഗവാൻ എന്നാ പറയുന്നത് ശ്രീകൃഷ്ണ പോലും പറയുന്നില്ല ഒരുവേള അർജുനൻ തന്നെ തനിക്ക് പറ്റിയ അബദ്ധം ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിച്ചു ഹേ കൃഷ്ണ എന്ന് ഞാൻ അങ്ങേ അറിയാതെ എപ്പോഴൊക്കെയോ വിളിച്ചിട്ടുണ്ട് ഹേ യാദവ എന്ന് ഞാൻ അങ്ങേയെ വിളിച്ചിട്ടുണ്ട് എന്ന് പറയാം ഇത് വലിയൊരു കുറ്റബോധത്തോടുകൂടിയിട്ടാണ് അർജുനൻ ഭഗവാന്റെ മുൻപിൽ അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് അതൊന്നും ഇവിടുന്ന് പ്രതീക്ഷിക്കേണ്ട അതൊരിക്കലും ഒരു സമ്പ്രദായ വിരുദ്ധമോ അതൊന്നാണെന്ന് നിങ്ങൾക്ക് തോന്നണ്ട കാരണം രാമായണം മുൻപ് ദൂരദർശനിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടി ഇങ്ങനെ ആരതി ഒഴിയാറുണ്ടായിരുന്നു ആളുകൾ ഒരുപാട് പേര് എന്താ അത് അതേ ടി തന്നെ വേറെയും വരും അപ്പൊ നിങ്ങൾ ഇല്ലേ നല്ലത് ആ സമയത്ത് ഒഴിഞ്ഞോളൂ പക്ഷേ നിതീഷ് ഭരദ്വാജോ ആരാ ശ്രീകൃഷ്ണനായിട്ട് അഭിനയിച്ചത് അതാണിപ്പോ കൃഷ്ണൻ ഈ അടുത്ത് ഗുരുവായൂരിൽ പുറത്തിറങ്ങിയിട്ടുള്ളതാണ് ഒരു കുട്ടിയുടെ വേഷത്തിൽ ഒരു കുട്ടി തന്നെ ശരിയായിട്ടുള്ള ഒരു കുട്ടി ഒരു വേഷമൊക്കെ ഇട്ടിട്ട് ഒരു എന്താ ഫുൾ സൈസ് കലണ്ടർ വിൽക്കാനുണ്ട് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലേ ഈ അടുത്ത് ശിവനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതെ ഗംഭീരനായിട്ടുള്ള ശിവൻ അങ്ങനെ ഇതൊക്കെ ഇതൊക്കെ നമ്മളെ കൊണ്ടുപോയിട്ട് തളച്ചു കളയും അവിടുന്ന് മോചനം കിട്ടില്ല ശാസ്ത്ര വിചാരം മാത്രമേ അതിൽ നിന്നൊക്കെയുള്ള മോചനത്തെ തരുന്നുള്ളൂ അതിലൊരു സംശയവും വേണ്ട അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് സ്വതന്ത്രമായി വിചാരം ചെയ്യാനുള്ളതാണ് നിങ്ങളും വീട്ട് കൊണ്ടുപോയി നോക്കിക്കോളൂ പുസ്തകങ്ങളൊക്കെ ഇഷ്ടമാതിരി കിട്ടാനുണ്ട് എന്നിട്ടൊന്ന് ധ്യാനിക്കുക ഓരോരോ വ്യാഖ്യാതാക്കൾ ഓരോരോ സമയത്ത് കാലത്തിനനുസരിച്ച് അവർ വ്യാഖ്യാനങ്ങൾ ചെയ്തിട്ടുണ്ട് ജ്ഞാനേശ്വരി മഹാരാജ് വ്യാഖ്യാനം ചെയ്യുന്ന സമയത്ത് ആ കാലം ആ ദേശം ആ ജനത അവർക്കനുസരിച്ചിട്ടാണ് അപ്പൊ ഇത് ഇതിൻ്റെ ആ ഒരു എന്താ ആ ശ്രദ്ധയെ താല്പര്യത്തെ നിങ്ങൾ മറ്റുള്ളതുമായിട്ട് കലർത്തിയിട്ട് ഇതിൽ എന്ത് എന്താ പറയുക ദോഷം കാണാതിരിക്കൂ സ്വാമിയുടെ ഒരു അപേക്ഷയാണ് പറയുക ഈ ശാസ് നമുക്ക് ശ്ലോകങ്ങളെ നോക്കാം ഓരോ ശ്ലോകത്തിന്റെ പല എന്താ അതിന്റെ പല ഭാവങ്ങൾ ചിലപ്പോ നിങ്ങളിൽ എന്താ ചില വിഷമങ്ങൾ ഉണ്ടാവുന്നുണ്ടാവും അപ്പൊ സ്വാമി അതിൽ നിസ്സഹായന ഒന്നും ചെയ്യാൻ വയ്യ എന്ന് പറയാ ഒരുപാട് പുസ്തകങ്ങൾ എടുത്തു വെച്ച് സ്വാമി അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞാൽ സ്വാമിക്കറിയാം നിങ്ങളൊന്നും ഇവിടെ ഇരിക്കില്ല അല്ലേ ആരും മൂന്ന് മണിക്കോ മൂന്നരക്കോ ഇവിടെ വരില്ല പക്ഷേ നിങ്ങളുടെ ശ്രദ്ധ ഒരുപാട് നമ്മളെ ഏത് പ്രകാരത്തിലാണ് ഈ ശാസ്ത്രം അനുഗ്രഹിക്കേണ്ടത് എന്ന് ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഈ ശാസ്ത്രം തന്നെ ശരിയായ വിധത്തിൽ അത് നമുക്ക് തെളിഞ്ഞു തെളിഞ്ഞു വരും എന്ന് പറയാം അത് നിങ്ങളുടെയും സ്വാമിയുടെയും ഒക്കെ ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ ചില എന്താ സംഭവങ്ങൾ സംഭവിക്കുമെന്ന് പറയാം അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കും വേറെ വഴിയൊന്നുമില്ല സ്വാമി പറയാനുള്ളത് പറയും പക്ഷെ കുറെ കാലമായിട്ട് നമ്മൾ കാണുന്നുണ്ട് പലതും അതുകൊണ്ടൊരു നേട്ടവും കാണുന്നില്ല എന്ന് പറയാം ഇവിടെ എന്നെ ശരണം എന്ന് പറയുമ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ഷേത്ര നടയിലോ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള പൂജാമുറിയുമായി ബന്ധപ്പെട്ട ചില കേന്ദ്രങ്ങളാണ് ശരണമായി കാണുന്നതെങ്കിൽ അതങ്ങനെ കണ്ടോളൂ എന്ന് സ്വാമിക്ക് പറയാൻ വിഷമം തന്നെയാണ് ബുദ്ധിമുട്ടാണ് കാരണം അതല്ല നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയത് അല്ല ഞാൻ എന്നത് ആരെന്ന് വിഭൂതി യോഗത്തിൽ പറഞ്ഞു ആരാണ് ഞാൻ എന്നിൽ നിന്ന് അന്യമായി ഇവിടെ യാതൊന്നും തന്നെ ഇല്ല എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ ആ സർവഭാവം ഇവിടെ അത് തന്നെയാണ് നിങ്ങൾ സർവഭാവേന തം ശരണം ഗച്ച നീ അതിനെ ശരണം ഗമിച്ചാലും അതിലെ അതിലേക്കായിരിക്കട്ടെ നിന്റെ ശ്രദ്ധ എന്ന് പറയാം തത്പ്രസാദാദ് അതിന്റെ പ്രസാദം കൊണ്ട് അതിന്റെ പ്രസാദം അതിന്റെ പ്രസാദം എന്ന് പറയുമ്പോ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ തിരുമേനി തരുന്ന പ്രസാദം ആ പ്രസാദമായിട്ട് വേണം സ്വീകരിക്കാൻ നമുക്കത് പറ്റുന്നില്ലല്ലോ ഇത് കുറച്ചു കൂടിപ്പോയി അല്ലെങ്കിൽ കുറഞ്ഞു കുറഞ്ഞു പോയി എന്നാ പറയല്ലേ ഏതല്ലോ തത്പ്രസാദാദ് പരാം ശാന്തി ശാശ്വതം സ്ഥാനം ആ പരമമായ ശാന്തിയെ നിത്യമായ പരമപദത്തെ നീ പ്രാപിക്കും ഭഗവത്ഗീത നമ്മുടെ എല്ലാ മുൻവിധികളെയും മാറ്റിമറിക്കുന്നതാണ് കാരണം ഗീത യജ്ഞത്തെ കർമ്മത്തെ ധ്യാനത്തെ സന്യാസത്തെ എല്ലാറ്റിനെയും അന്ന് നിലവിൽ നിന്ന് സമ്പ്രദായത്തെ മുഴുവൻ ഭഗവാൻ പുതിയ രീതിയിൽ അവതരിപ്പിക്കുക തന്നെയാണ് ഒരു സംശയവും വേണ്ട ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരംമായ ഇത് എന്താണ് ഇപ്രകാരം ഗുഹ്യാത് രഹസ്യത്തെക്കാൾ ഗുഹ്യതരം രഹസ്യമാർന്നത് നമ്മളെ സംബന്ധിക്കുന്ന നാം രഹസ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തൊക്കെയായിരിക്കാം നമ്മുടെ രഹസ്യം എന്ന് പറയുന്നത് ഈ രഹസ്യ ശബ്ദം ഒരു സാമാന്യ ജനത്തിന് ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ രഹസ്യമെന്ന ശബ്ദം ഉണ്ടാക്കുന്ന അലകൾ എന്തായിരിക്കാം ഒരാൾ അവനോട് പറഞ്ഞിട്ടുള്ള വളരെ രഹസ്യമായിട്ടുള്ള കാര്യം വീണ്ടും അങ്ങനെയാണ് നമ്മൾ പറയുക രഹസ്യം അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെങ്കിൽ തനിക്ക് ആരെങ്കിലും അയച്ചിട്ടുള്ള കത്ത് അതൊക്കെ നമ്മൾ രഹസ്യമായിട്ടിങ്ങനെ സൂക്ഷിക്കും അതിനങ്ങനെയാ പറയുക ഞാൻ രഹസ്യമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് രഹസ്യമായിട്ട് വയ്ക്കണം കേട്ടോ അങ്ങനെയാ പറയുക എഴുതുന്ന ആളും എഴുതും രഹസ്യമായിരിക്കണം ഒരു കുട്ടി അവൻ അച്ഛൻ പുതിയ സൈക്കിൾ മേടിച്ചു കൊടുത്തു നല്ല സൈക്കിളാണ് പുതിയ സൈക്കിള് അപ്പൊ അതിൻ്റെ മുൻപിൽ ബോക്സൊക്കെ കണ്ടിട്ടില്ലേ ചെറിയ നെറ്റ് പോലെ ബാഗൊക്കെ വയ്ക്കുന്ന ബോക്സ് ഉണ്ട് അപ്പൊ ചെറിയ സൈക്കിളാണ് അതിൻ്റെ സൈഡിൽ രണ്ട് വീലുണ്ട് മറിഞ്ഞു വീഴില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പൊ പുതിയ സൈക്കിൾ കിട്ടിയ സന്തോഷത്തിൽ ഈവൻ കോളനിയിലാണ് താമസിക്കുന്നത് അങ്ങനെ കച്ച ആ വീട്ടിച്ച് ആവിട്ടി എല്ലാവരൊക്കെ ഇറങ്ങി ഒരു ദിവസം ഇതിനെ കാണുന്നേ ഇല്ല അമ്മ നോക്കിയിട്ട് സൈക്കിളുമായിട്ട് പോയതാണ് ആള് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ആ മുൻപിലൊരു ചെറിയ ബാഗൊക്കെ എടുത്തു വെച്ചിട്ട് അങ്ങനെ പോയിട്ടുണ്ടാൾ അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങുന്നുണ്ടാവും ഇടയ്ക്കിടയ്ക്ക് മണിയടിയൊക്കെ കേൾക്കാം അപ്പൊ വന്നു കഴിഞ്ഞപ്പോ അമ്മ ചോദിച്ചു കുട്ട നീ എവിടെയായിരുന്നു ഇത്ര നേരം ഞാൻ പോസ്റ്റ് മാൻ എന്ന് പറഞ്ഞു പോസ്റ്റ്മാൻ കളിക്കുക അതെന്ത് കളിയാത് അത് ഞാൻ എല്ലാ വീട്ടിലും ലെറ്റർ കൊടുക്കും പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലെറ്റർ കൊടുക്കും അപ്പോഴ അവരോ അവര് വരും കഥകൾ തുറന്നിട്ട് ലെറ്റർ എടുത്തു പോവും ആഹാ അപ്പൊ നിനക്ക് എവിടുന്ന് കിട്ടി ലെറ്റർ അത് അമ്മ അൽമാറയിൽ റിബൺ ഇട്ട് കെട്ടി വെച്ചിട്ടില്ല അത് ഞാൻ എടുത്ത് എല്ലാവർക്കും കോളനി മുഴുവൻ കൊടുത്തു പറയാം രഹസ്യമൊക്കെ നമുക്ക് ആകെ രഹസ്യം എന്ന് പറഞ്ഞ അറിയുന്ന ഒരു രഹസ്യം ഇതാണ് ഈ രഹസ്യം വെച്ചുകൊണ്ട് ഭഗവത്ഗീതയിൽ പറയുന്ന രഹസ്യം അടുത്തത്തില്ല പിന്നെ എന്തൊക്കെ രഹസ്യം നമുക്കറിയാം സ്വാമി ഞങ്ങൾക്ക് എല്ലാം അറിയാം എന്ത് എന്താ ഇതുവരെ നാം രഹസ്യം എന്ന് പറഞ്ഞ് കാത്തു സൂക്ഷിച്ചത് എന്താ എന്താ ആലോചിക്കൂ ആ മനസ്സ് വെച്ചിട്ടാണോ നമ്മൾ ഈ രഹസ്യം എന്ന് പറയുന്നത് അല്ല ഒരു രഹസ്യം നമ്മൾ കണ്ടുവല്ലോ ഒൻപതാം അധ്യായത്തിൽ രഹസ്യങ്ങളുടെ രഹസ്യം അതൊക്കെ തന്നെയാണ് ഞാൻ ആരെന്ന് അറിയായിക്കാ ഞാനാണ് അത് ഞാൻ അറിയുമ്പം ഞാൻ ഈ സത്യം അറിയുന്നു ഈ രഹസ്യം ഗുഹ്യതരം ജ്ഞാനം മയ ആഖ്യാതം എന്നാൽ പറയപ്പെട്ടു ഏതത് ഇതിനെ അശേഷേണ പൂർണ്ണമായി സ്വാതന്ത്ര്യം തരുന്നു അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായങ്ങൾ എഴുതുമ്പോ ഗംഭീരായിരുന്നു എന്ന് എഴുതരുത് കുറെ വിമർശനങ്ങൾ എഴുതണം വിമർശനങ്ങളെ സ്വാമിജി സ്വാമി സ്വാഗതം ചെയ്യുന്നു പക്ഷേ മേൽവിലാസങ്ങളുള്ള വിമർശനങ്ങളായിരിക്കണം അവസാനം പേര് നാള് െ നിങ്ങളുടെ ഒരു അഡ്രസ് വേണമെന്ന് പറയാം കാരണം നിങ്ങളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം നിങ്ങളുടെ വിമർശനങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഭഗവത്ഗീത ഈ സ്വാതന്ത്ര്യം തരുന്നു ഒരു ഗീത എന്താ പഠിതാവ് അല്ലെങ്കിൽ സാധകൻ എന്ന നിലയിൽ നമ്മളും ഈ സ്വാതന്ത്ര്യത്തെ നിങ്ങളുടെ മുൻപിൽ തരുന്നു പക്ഷേ നിങ്ങൾ ആരാണെന്ന് നമുക്കറിയണം വെറുതെ ഒരു ഫോൺ നമ്പറെങ്കിലും നിങ്ങളുടെ ഒരു ഇമെയിൽ അഡ്രസ്സെങ്കിലും അതിൽ വയ്ക്കുക എന്നാൽ നമുക്കതിനൊരു മറുപടി തരാൻ പറ്റും അതല്ലെങ്കിൽ നമ്മൾ ഇതും വെച്ച് ഇങ്ങനെ ഇരിക്കുമല്ലോ പിന്നെ പക്ഷെ പേടിയാണ് ചിലർക്ക് അതിൽ സ്വാമി എന്ത് വിചാരിക്കും എന്നാ പിന്നെ നിങ്ങൾ എഴുതരുത് അപ്പൊ എന്തൊക്കെയോ സ്വാമിക്ക് കിട്ടിയിട്ടുണ്ടാവുന്നാ തോന്നുന്നത് ആ അങ്ങനെ പറയുന്നുണ്ട് ശരി മയ ആഖ്യാതം ഏതത് അശേഷേണ അശേഷേണ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി വിമൃശ്യ വിമൃശ്യ നീ നന്നായിട്ട് വിചിന്തനം ചെയ്ത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളെയും നന്നായി പരിശോധിച്ച് വിമൃശം വിചാരം എന്നാണ് വിചാരം ചെയ്ത് യഥാ ഇച്ചസി എന്താണോ നീ ആഗ്രഹിക്കുന്നത് എന്താണോ നിനക്ക് തോന്നുന്നത് തഥാഗുരു അത് നീ ചെയ്യൂ തലക്കെട്ട് നോക്കി ഞെട്ടിപ്പോണ്ട തോന്നിയത് ചെയ്തോളാൻ ഭഗവാൻ പറഞ്ഞു അതെ തോന്നിയത് ചെയ്തോളാൻ തന്നെയാണ് പറഞ്ഞത് പക്ഷെ ഈ പത്രം വായിക്കുന്ന എല്ലാവരോടു അല്ല പറഞ്ഞു ഗീത കേട്ടവരോട് പറഞ്ഞതാ അമ്മ പത്രത്തിലുണ്ട് തോന്നിയത് ചെയ്തോളാൻ പിന്നെ എന്താ കുഴപ്പം തോന്നിയതിന്റെ അടിയിൽ എഴുതിയതും കൂടെ അതും കൂടെ ഒന്ന് വായിക്കണം എന്ന് പറയും അതായത് എന്താണോ നിനക്ക് തോന്നുന്നത് പിന്നെ നിനക്ക് തോന്നുന്നത് പക്ഷേ തോന്നിയത് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വേറെ അതുമായിട്ട് ചെറിയ ഒരു ന്യാസം കൂടെ വരും എന്ന് പറയാം അതെ തോന്നിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതല്ല ഇവിടെ പറഞ്ഞത് അതുകൊണ്ട് നിനക്കെന്താണ് തോന്നുന്നത് ഇതിന്റെ വെളിച്ചത്തിൽ നിനക്ക് എന്താണ് തോന്നുന്നത് അത് ചെയ്യൂ അപ്പൊ നമ്മൾ ഒരാളോട് ഒരാൾ നമ്മളെടുത്ത് വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് എന്താ നിങ്ങൾ ചെയ്യൂ അങ്ങനെയല്ലേ പറയാ അതെ അതുപോലെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ ഇതൊരു സ്വാതന്ത്ര്യമാണ് ഈ സ്വാതന്ത്ര്യത്തെ അത് ഇത് സ്വാതന്ത്ര്യമാണ് ഈ അറിവ് ഉൾക്കൊണ്ടുകൊണ്ട് നീ എന്ത് ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ നിനക്ക് തോന്നുന്നത് ചെയ്യൂ ഇത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്ന് പറയാ തുടർന്നു सर्व गुह्यतमं क्षागु्यतम भूय शृणु मे परम वजह इो दृढ़ तक्षा नु भगवान। സർവഗുഹ്യതമം എന്താണ് സകല രഹസ്യത്തെക്കാൾ രഹസ്യമായി മേ പരമഹച എന്റെ പരമമായ വചഹ വാക്കിനെ ഭൂയഹ ശൃണു വീണ്ടും കേട്ടാലും അർജുന എന്തിനാണ് ത്വം നീ മേ ദൃഢം ഇത് നീ എന്റെ ഉറ്റ ഉറച്ച ഇഷ്ട അസി സുഹൃത്ത് ആകുന്നു എനിക്ക് നീ ഇഷ്ടപ്പെട്ടവനാണ് ഭഗവാൻ പറയണത് നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടാണ് നീ എനിക്ക് പ്രിയപ്പെട്ടവനായിരിക്കുന്നത് നീ എന്നിൽ നിന്ന് നീ അന്യനല്ല എന്ന് പറയാം ഞാൻ തന്നെയാണ് നീ എന്തുകൊണ്ടാ അമ്മ കുട്ടികളെ സ്നേഹിക്കുന്നത് ഞാൻ തന്നെയാണ് അവനല്ലെങ്കിൽ അവള് അല്ലേ അതുപോലെ ഭഗവാൻ പറയണം ഇഷ്ടഹസി ഇഷ്ടനാകുന്നു തതഹ അതുകൊണ്ട് തേ ഹിതം ഭക്ഷ്യാം നിനക്ക് ഹിതമായതിനെ ഞാൻ പറഞ്ഞു തരാം നീ ചോദിച്ചിട്ടുണ്ട് വളരെ മുൻപേ ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നീ എന്താണ് എനിക്ക് ആ ഒന്നിനെ പറഞ്ഞു ഒന്നിനെ പറഞ്ഞു ഒന്നിനെ പറഞ്ഞു തരുന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് പറഞ്ഞു അത് പറഞ്ഞു തരൂ അല്ലേ അതേകം വധ നിശ്ചിത്യ ഏന ശ്രേയോഹമാന ഏതൊന്നുകൊണ്ട് എനിക്ക് ശ്രേയസുണ്ടാകുമോ ഭഗവാനെ അതൊന്നിനെ പറഞ്ഞു തരൂ അതൊന്നിനെ പറഞ്ഞു തരൂ വീണ്ടും ഭഗവാൻ അറിയുന്നു മന്മനാഭവ മത്ഭക്ത മദ്യ മാമേ വൈശ്യസി സത്യം തേ പ്രതിജാനേ പ്രിയോസിമേ മന്മനാഭവ മത്ഭക്ത മദ്യാജി മാം നമസ്കുരു മാം ഏവേഷ്യസി സത്യം തേ പ്രതിജാ പ്രതിജാനേ പ്രിയ അസി മന്മനാഹ എന്നിൽ മനസ്സുള്ളവനായി അതായത് പരമാത്മാവിൽ മനസ്സ് ഉറച്ചവനായി ഭവ നീ ഭവിക്കൂ അല്ലെങ്കിൽ ഭവിക്കണം ഭക്ത നീ എന്റെ ഭക്തനാകും എന്റെ ഭക്തൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തെ വേറിട്ട് കാണാത്തതെന്ന് പറയാം ഞാൻ തന്നെയാണ് ഈ വിശ്വം ഈ വിശ്വത്തിന് ഏൽക്കുന്ന ഏത് മുറിവും എനിക്ക് ഏൽക്കുന്നതാണോ എന്ന് പറയാം അതുകൊണ്ട് ഈ വിശ്വത്തെ കാത്തുരക്ഷിക്കേണ്ടത് ഈ വിശ്വത്തിന്റെ ഓരോ ഊടും പാവുമായി ഇരിക്കുന്നത് ഞാൻ തന്നെയാണ് ഇതാണ് ഭക്തി എന്ന് പറയുന്നത് ഭഗവത്ഗീതയുടെ ഭക്തി അതാണ് ഈ വിശ്വത്തെ കാത്തുരക്ഷിക്കേണ്ടത് ഈ വിശ്വത്തിന്റെ ഓരോ ഊടും പാവുമായി ഇരിക്കുന്നത് ഞാൻ തന്നെയാണ് ഇതാണ് ഭക്തി എന്ന് പറയുന്നത് ഭഗവത്ഗീതയുടെ ഭക്തി അതാണ് മതിയാജി നീ എനിക്ക് വേണ്ടി യജ്ഞം ചെയ്യുന്നവനാണ് എന്ന് പറയും ഇവിടെ നമ്മളിത് കേൾക്കുമ്പോൾ എന്താണെന്നറിയോ എനിക്ക് ഭഗവാൻ വേണ്ടി എന്ന് പറ നമ്മുടെ കാര്യം ഇതാണ് ഈ നമ്മുടെ കാര്യം ആദ്യം വരുമ്പോഴ കുഴപ്പമുണ്ടാവുന്നു നീ ആദ്യ ഒരു കാര്യം ചെയ്യും നീ കാര്യങ്ങൾ ചെയ്യൂ മതിയാജി എനിക്ക് വേണ്ടി യജ്ഞം ചെയ്യുന്നവനാവുക നിന്റെ യജ്ഞങ്ങളൊക്കെ എനിക്ക് വേണ്ടിയാകട്ടെ മാം നമസ്കുരു നീ ആരെയെങ്കിലും നമസ്കരിക്കുന്നുവെങ്കിൽ അത് എന്നെയാകട്ടെ എന്ന് പറഞ്ഞു മാം നമസ്കുരു അപ്പൊ അതെങ്ങനെയാ ബാക്കിയുള്ള നമസ്കാരങ്ങളൊക്കെ നിർത്തണം എന്നാണോ അല്ല പക്ഷെ നീ ഇതുവരെ നമസ്കരിച്ചത് ആരെയാണ് ഇതുവരെ ഞാൻ നമസ്കരിച്ചത് ഓരോരോ ആളുകളെ നമസ്കരിച്ചിട്ടുണ്ട് അതെന്തിനായിരുന്നു അവർക്കൊരു വിഷമം വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇനിയിപ്പൊ നമസ്കരിക്കാഞ്ഞിട്ട് വേണ്ട അമ്മമാര് കുട്ടികളെ നമസ്കരിപ്പിക്കും എന്തിനാ സ്വാമി എന്ത് വിചാരിക്കും ഈ കുട്ടിയെക്കൊന്നൊരു സംസ്കാരമില്ല എന്ന് വിചാരിക്കില്ലേ അതുകൊണ്ട് എന്നാ അവരാദ്യം ചെയ്തുകൂടെ അതില്ല എന്ന് പറയാം അത് അവരങ്ങോട്ട് ചെയ്താൽ പിന്നെ കുട്ടികൾ ചെയ്യും അതുകൊണ്ട് നീ നമസ്കരിക്കുന്നുവെങ്കിൽ എന്നെ എന്ന് പറഞ്ഞാൽ നീ ആരെ നമസ്കരിക്കുകയാണെങ്കിലും അത് ഞാനാണ് എന്ന് പറയാം നിന്റെ നമസ്കാരങ്ങളൊക്കെ സർവദേവ നമസ്കാരം കേശവം പ്രതി എന്ന് പറയുന്നത് അതാണ് അത് പോകേണ്ടത് അങ്ങോട്ടാണ് അത് നമ്മൾ അറിയണം അല്ലെങ്കിൽ അവിടെ എത്തില്ല നീ എന്നെ നമസ്കരിക്കുന്നു ഏവം വർത്തമാനഹ ഇപ്രകാരം വർത്തിക്കുന്നവനായിട്ട് മാം ഏവ ഏഷ്യസി ം ഏവ നീ എന്നെ തന്നെ ഏഷ്യസി പ്രാപിക്കും എങ്കിൽ നീ എന്നെ പ്രാപിക്കും ഇത് ഭഗവാൻ പറയണു സത്യം പ്രതിജാനേ ഇതാ ഇത് സത്യമാണ് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നത് ഇതിൽ സംശയമൊന്നും വേണ്ട ഭഗവാൻ ഇത്ര ഉത്തരവാദിത്വം ചെയ്യുന്ന കാര്യങ്ങൾ ഇത് ഉറപ്പാക്കിക്കോളല്ല പന്ത്രണ്ടാം അധ്യായത്തിലും ഇതുപോലെ പറഞ്ഞിട്ട് എന്റെ ഭക്തന് നാശം ഉണ്ടാവില്ല അതുപോലെ ഇതാ ഇതിതാ ഇത് സത്യമാണ് പ്രതിജാനെ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു അഹം പ്രതിജാനെ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ത്വം മേ പ്രിയഹ അസി വീണ്ടും ഭഗവാൻ പറയുന്നു നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് അതുകൊണ്ട് നീ എനിക്ക് പ്രിയപ്പെട്ടവൻ എന്ന് പറയുമ്പം ഓർക്കുക നമ്മൾ ഭഗവാന് അങ്ങേയറ്റം പ്രിയപ്പെട്ടവനാണ് ആർക്കും വേണ്ടെങ്കിലും നമ്മൾ ആർക്ക് വേണം ഭഗവാൻ വേണം അതുകൊണ്ടാണ് അനാഥനാഥൻ എന്ന് പറയുന്നത് നാഥർക്ക് നാഥനായിട്ടുള്ളവനാണ് ആരുില്ല എ എന്ന് എപ്പോഴാണോ നമുക്ക് തോന്നുന്നത് അപ്പോഴാണ് ഭഗവാൻ നാഥനായിട്ട് ഉള്ളത് എന്ന് പറയാം അപ്പൊ ഈ ഒരു തീരേണ്ട ആവശ്യമുണ്ട് പറയാം ഈ കഴിഞ്ഞ ദിവസം ഒരു കഥ വായിച്ചു ചൈനീസ് കഥയാണ് അത് സംഭവ കഥയായിട്ടാണ് അവർ പറയുന്നത് വളരെ പഴയ ഒരു കഥയാണ് അവിടെ പറഞ്ഞു എന്നറിയില്ല ഒരു നായാട്ടിന് പോകുമ്പം കാട്ടിന് തീ കൊടുത്തത് ഇല്ല അതെ ഒരു അദ്ദേഹം ഒരാള് ഒരു നേതാവ് ഈ നായാട്ടിനായിട്ട് പോകുമ്പം ഒരു വലിയ കാടുണ്ട് ആ കാട്ടില് ഉയർന്നു നിൽക്കുന്ന പുല്ലുകളുണ്ട് ഉണങ്ങിയ പുല്ല് ആ പുല്ലിന് അദ്ദേഹം തീ കൊടുക്കണം തീ കൊടുക്കുമ്പോ അത് ഹെക്ടർ കണക്കിന് ഒരുപാടുണ്ട് ഹെക്കർ കണക്കിന് ആ അതങ്ങോട്ട് അഗ്നിക്ക് ഇരയാവെന്ന് പറയാം അപ്പൊ അതിന്റെ വലിയ അഗ്നി കോളം ആ അതിന്റെ അഗ്നി കോളം അങ്ങനെ ആകാശത്തിൽ പൊങ്ങി അതിന്റെ എന്താ പുകയും കൂടെ അങ്ങനെ കറങ്ങി കറങ്ങി കറങ്ങി അങ്ങനെ പോവാം അപ്പൊ ഇതിങ്ങനെ ഇത് ഇവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ആ സമയത്ത് ആ പുകയിൽ അതിൻ്റെ ഇടയിൽ വലിയ പാറക്കൂട്ടങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ ഇത് പാറയും ഈ അഗ്നിയും ഈ പൊല്ലുകളും എല്ലാം കൂടെ കത്തി ഇതാവുന്നതിങ്ങനെ കണ്ടിട്ട് അതിൻ്റെ ഇടയിൽ ഒരു രൂപം ഇങ്ങനെ ദഹി ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കണ്ടു അങ്ങനെ അവർ നോക്കി ഏതാ ഈ രൂപം നോക്കിയ സമയത്ത് ഒരു മനുഷ്യരൂപം തന്നെ ഈ അഗ്നിയുടെ ഇടയിലൂടെ ഈ പാറിലൂടെ അതങ്ങനെ കടന്നു വന്ന കടന്നു വന്നപ്പം ഏകദേശമൊക്കെ അഗ്നി കെട്ടുകഴിഞ്ഞപ്പൊ ഇവരെ അടുത്തേക്ക് പോയി നോക്കി അപ്പൊ ആള് ഒരാള് തന്നെയാണ് മനുഷ്യനാണെന്ന് പറയാം മനുഷ്യന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് ഇതിലെ നേതാവ് ചോദിച്ചു നിങ്ങൾ ആരാണ് നിങ്ങള് എന്താണ് നിങ്ങളെങ്ങനെ അഗ്നി കൂടെ ഒക്കെ വന്നുവല്ലോ നിങ്ങൾക്കൊന്നും പറ്റിയില്ലേ എന്നൊക്കെ പക്ഷെ ഇദ്ദേഹമൊന്നും അവരോട് ഇവരും ഇദ്ദേഹവും ഇദ്ദേഹം സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല അവര് പറയുന്നത് ഇദ്ദേഹത്തിനും മനസ്സിലാവുന്നില്ല ചുരുക്കി പറഞ്ഞാല് കഥയില് കഥ നമ്മളെ ബോധിപ്പിക്കുന്നത് ഇതാണ് ഇദ്ദേഹത്തിന് അഗ്നി അന്യമല്ല എന്നുള്ളതാണ് അഗ്നി ഈ ഇദ്ദേഹത്തെ ചൂട് പിടിപ്പിക്കുന്നില്ല എന്തുകൊണ്ടെന്നാല് അഗ്നി അന്യനല്ലാതെ ആയിത്തീർന്നു ഇതൊരു വലിയൊരു സ്റ്റേറ്റ് ആണത് ഒരു ഒരു തലമാണ് ഈ തലം നമ്മൾ മനസ്സിലാക്കേണ്ടതാ അതാണല്ലോ ഈ കനലാട്ടത്തിലേക്കൊക്കെ ആളുകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും സംഭവിക്കാതെ ഈ മനസ്സിന്റെ തീവ്രമായിട്ടുള്ളൊരു ഭാവനയാണ് അപ്പൊ അഗ്നി അന്യമല്ലാതെ ഇരിക്കുമ്പം അഗ്നിക്ക് ഒരുവനെ പൊള്ളിക്കാൻ സാധ്യമല്ല ചിലരൊക്കെ ഉണ്ട് ഈ എന്താ തവിയില്ലെങ്കിലും അവര് കഷ്ണമൊക്കെ ഇങ്ങനെ എടുത്തിട്ട് എടുക്കുന്നു പറയാല്ലേ ഒരിക്കൽ ടി വിയിൽ കണ്ടും ഈ പല പല വിശേഷങ്ങൾ കാണിക്കുന്ന ഒരു ഇതില് ഈ നമ്മുടെ എണ്ണയില്ല എണ്ണ തിളപ്പിച്ച് അതിൽ ചിപ്സ് ഈ കൈ ഇട്ടിട്ട് ഇങ്ങനെ കോരിയെടുക്കുന്നു ആ കൈ കൊണ്ടിങ്ങനെ കോരിയെടുക്കുന്നു ഒരിക്കൽ ന്യൂസിൽ കണ്ടതാ ഒരാളെങ്ങനെ ചെയ്യുന്നു അയാൾക്കത് പരിചയമാണ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അറിയില്ല അത് കണ്ടിപ്പം നമ്മൾ ഇന്നാളെ പോയിട്ട് ആദ്യം തന്നെ നമുക്ക് പേടിയാണ് പൊള്ളോ പൊള്ളോ ഈ പൊള്ളോ എന്നുള്ള ചിന്ത തന്നെ ആദ്യം നമ്മളെ പൊള്ളിക്കുന്നു ഇവിടെ പറഞ്ഞത് പ്രകൃതിയുമായിട്ടുള്ള താതാത്മ്യത്തിൽ പിന്നെ ഒന്നും എനിക്ക് അന്യമല്ല അന്യമല്ലാതെയാകുന്നു ഈ വിശ്വാമിത്രന്റെ തല അവിടെയാണ് അതായത് പ്രകൃതി എന്താണോ പ്രകൃതി അത് ഞാനാണ് പഞ്ചഭൂതങ്ങള പഞ്ചഭൂതങ്ങൾ തന്നെയാണ് ഞാൻ എന്നിലുണ്ട് അതാണ് ഈ താതാത്മ്യം എന്ന് പറയുന്നത് ഇത് മനസ്സിലാവാൻ കുറച്ച് എന്താ പറയുക ഇത് ചിലപ്പം ഇതൊക്കെ വെറുതെയാണ് സ്വാമി ഏതാളെ കൊണ്ടുവരു അഗ്നിയിൽ പൊള്ളി ചാമ്പലായി പോകും എന്നൊക്കെ നമ്മൾ പറയും ഒക്കെ ഓരോ ഈ ശാസ്ത്രത്തിനും അല്ലെങ്കിൽ അതായത് ഈ പഠിക്കുന്ന ശാസ്ത്രത്തിനൊക്കെ അപ്പുറത്ത് പല പല സംഭവങ്ങളും ഉണ്ട് അതിനൊന്നും ശരിയായിട്ടുള്ള നിർവചനങ്ങളൊന്നും ആർക്കും ഇതുവരെ പറയാൻ സാധിച്ചിട്ടില്ല അതിന് നമ്മൾ ഒരുപാട് യാത്ര ചെയ്യണം വലിയ ഈ കൈലാസം ഹിമാലയം ഇങ്ങനെയൊക്കെ ഉള്ള അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്ഭുതം തോന്നും ഓരോരുത്തർ ജീവിക്കുന്നതും അവരൊക്കെ അവിടെ നമുക്കൊക്കെ നമ്മൾ മൂന്ന് മണിക്ക് എന്താ ബദ്രിനാഥ് ക്ഷേത്രത്തിൽ പോയ സമയത്ത് ആ അളക നന്തയിലുണ്ട് ഒരു വളരെ പ്രായമായിട്ടുള്ള ഒരാള് കുളിച്ചു കയറി വരുന്നത് നമുക്കത് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അയാള് കുളിച്ച് കയറി നമ്മുടെ നാടൻ കുളത്തിലൊക്കെ കുളിച്ചിട്ട് ഇങ്ങനെ കയറുമല്ലോ അതുപോലെ അളകനെന്താന്ന് പറഞ്ഞ തൊടാൻ പറ്റില്ല തൊട്ട് കഴിഞ്ഞാൽ കൈ കഷ്ണിക്കും അങ്ങനത്തെ ഒരു പതിനായിരം സൂചി വെച്ച് കുത്തി കയറ്റി അങ്ങനെ ഉണ്ടാവും അതില് നമ്മള് കണ്ടിട്ടുള്ള കാഴ്ച ഇദ്ദേഹം അങ്ങനെ അവിടെ കുളിച്ച് നല്ല സുഖമായിട്ട് കയറി അങ്ങനെ വരികയാണോ അപ്പൊ ഇവരുടെയൊക്കെ എന്ത് എന്ത് ശരീരമാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഏതിൻ്റെ മുകളിലാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത് അത്ഭുതമായിരിക്കും അതൊക്കെ ഇതൊക്കെ ഒരു താതാത്മ്യമാണ് അളകനന്ദയുമായിട്ടുള്ള നിരന്തര പ്രേമത്തിലൂടെ ഉടലെടുത്തിട്ടുള്ള ഒന്നാണത് അത് നമുക്കത് അന്യമാണത് അതുകൊണ്ടില്ലാത്തത് എന്ന് പറയരുത് ഇവിടെ ഒരു എന്താ ഒരു താതാത്മ്യമുണ്ട് ഈ താതാത്മ്യത്തെ ഭഗവാൻ പറയുക ഇന്ന് നമുക്കത് അന്യമാണ് പണ്ടുള്ളവർക്ക് ഏറെക്കുറെ കുറേ കാര്യങ്ങൾ അറിയായിരുന്നു അവരൊന്നിങ്ങനെ നോക്കിയാൽ പറയും മഴ പെയ്യോ പെയ്യല്ലേന്ന് എന്ന് വരും മഴ എന്ന് പറയും കാരണം അവർക്കറിയാം അത് പലതും അറിയായിരുന്നു പ്രകൃതിയിൽ നിന്ന് ഇന്ന് നമ്മൾ അന്യമായി കൊണ്ടിരിക്കുക പലതും നമുക്ക് മനസ്സിലാവാതെ പോകുന്നു പണ്ട് ഇതൊക്കെ നന്നായി അറിയുന്നവരുണ്ടായിരുന്നു അതുകൊണ്ട് നീ എനിക്ക് പ്രിയനാകുന്നു നമ്മളും പ്രകൃതിയും തമ്മിലുള്ള ആ ഒരു പാരസ്പര്യമാണ് ഇവിടെ പറയുന്നത് അല്ലാതെ ഈശ്വരൻ ഈശ്വരനെ ഞാൻ പ്രിയപ്പെട്ടവനാകുന്നു എന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും അതായത് നമ്മളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക മൂപ്പര് മുകളിൽ ഇരുന്നിട്ട് ഇവൻ രാവിലെ ജോസ് ജംഗ്ഷനിൽ ബസ് പിടിച്ച് കയറി അതിലങ്ങനെ പോയി അഥവാ ഒരു ആക്സിഡന്റ് ഇവനെ മാത്രം ഞാൻ ഇങ്ങോട്ട് മാറ്റിയിട്ട് ഭജിക്കാത്തവരെയൊക്കെ ഞാൻ കൊന്ന് ഇങ്ങനെയൊക്കെയാണല്ലോ പ്രിയൻ എന്ന് പറയുക അങ്ങനെയാണ് അതുകൊണ്ടാണല്ലോ നമുക്ക് പലപ്പോഴും ഇങ്ങനെ പറയാനും തോന്നുന്നത് സ്വാമി ഞങ്ങൾ എന്ത് ചെയ്തിട്ട ഒരു മാസം ഇതുവരെ ഒന്നും മുടക്കിയിട്ടില്ല ഗുരുവായൂർ എല്ലാ അമ്പലത്തിലും ഏത് അമ്പലത്തിലും ആര് വന്ന് ചോദിച്ചാലും ഞങ്ങൾ ഉള്ളത് എടുത്തു കൊടുക്കും എന്നിട്ടും കണ്ടില്ലേ ഞങ്ങൾക്ക് വന്നത് എന്ന് പറയുന്ന സമയത്ത് അല്ലേ എങ്ങനെ പറയാറുണ്ടല്ലോ ആ സമയത്ത് നമ്മൾ അറിഞ്ഞതെങ്ങനെയാണ് നമ്മളെങ്ങനെയാണ് ഭഗവാൻ എനിക്ക് പ്രിയപ്പെട്ടവനാകുന്നത് അതുകൊണ്ടാണ് ഇവിടെ വന്യമൃഗങ്ങൾ പോലും ഇങ്ങനെയുള്ള ഒരു ഭാവത്തിൽ പിന്നെ അവർ പോലും ഇവരെ ഉപദ്രവിക്കാതിരിക്കുന്നത് ഒരു വളരെ രസമായിട്ടുള്ള ഒരു തമാശ കേട്ടിട്ടുള്ളത് അതായത് ഒരു സർക്കസുകാരൻ സർക്കസുകാരൻ വീട്ടിൽ വൈകി വരും സർക്കസ് ഷോ എല്ലാം കഴിഞ്ഞ് അദ്ദേഹം കൂട്ടുകാരോടൊപ്പം സ്വല്പം സേവയൊക്കെ നടത്തി അങ്ങനെയൊന്നുമില്ല ഒരു രണ്ട് കഷ്ണം ഉള്ളി തിന്നു അത്രയുള്ളൂ പാവം അങ്ങനെ വരുമ്പോൾ പക്ഷെ വീട്ടിൽ അത് വഴക്കുണ്ടാവും ഭാര്യയോ അല്ലാതെ അദ്ദേഹത്തെ പറയും ഇത്ര സമയം കഴിഞ്ഞാൽ എനിക്കറിയാലോ ഇത്ര മണിയാണ് ഷോ കഴിയുന്നത് അപ്പൊ അവർക്കറിയാം പിന്നെ ഇത്ര സമയം ഇവിടെ വരാൻ അതുകൊണ്ട് എവിടെയും പറ്റില്ല അതുകൊണ്ടാന്ന് ശരിയാവില്ല ഇവിടെ വരണം എന്നൊക്കെ അവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പേടിപ്പിക്കാറുണ്ട് പറഞ്ഞിട്ട് ഇത്ര മണി കഴിഞ്ഞാൽ ഇനി പുറത്ത് ഇവിടെ ഇതിനകത്ത് കയറണ്ട പുറത്ത് കിടന്നോളാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം വൈകിയ ആളെന്ന് പറയാം തീരെ വൈകിയ അപ്പൊ ആൾക്ക് തോന്നി ഇനിയിപ്പം അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല പകുതി വഴി നാൾ തിരിച്ചു അപ്പൊ ആളുടെ എന്താണ് സർക്കസിൽ സിംഹത്തെ സിംഹത്തിന്റെ കൂടെയാണ് സിംഹ സിംഹമായിട്ടുള്ള കളിപ്പിക്കല പിന്നെ ഇദ്ദേഹത്തിന് തോന്നിയൊരു കാര്യം ചെയ്യാം സിംഹക്കൂട്ടിൽ കിടന്നുറങ്ങാം മൂപ്പർക്ക് ഏറ്റവും മൂപ്പരുടെ സഹവാസം എന്താ ഏറ്റവും കൂടുതൽ സഹവാസം സിംഹമായിട്ടാണ് അദ്ദേഹം കൂട്ട് തുറന്നു അതിൻ്റെ കൂടെ കിടന്നുറങ്ങും അപ്പോഴാണ് ഭാര്യ അറിഞ്ഞു വന്നിട്ടില്ല എന്ന് വന്നു എന്ന് പറയാം എന്നിട്ട് നോക്കിയപ്പം സിംഹക്കൂട്ടിലുണ്ട് ആള് അപ്പൊ പറയാ എടാ വീരു ഇറങ്ങു പുറത്തു നോക്കണം അത് സിംഹത്തിന്റെ കൂടെ കിടക്കാം പക്ഷെ അവിടെ പേടിയാണ് അദ്ദേഹത്തിന് നിർഭയനായിട്ട് ഇവിടെ കഴിയുന്നു പക്ഷെ അവിടേക്ക് അങ്ങനെ ഏറ്റവും ഭയം എന്ന് പറയാ ഇതൊക്കെ തമാശകളാണ് ഈ ഒരു തന്നിൽ നിന്ന് അന്യമല്ല ഈ നിങ്ങൾ ഈ ചാനലുകളൊക്കെ കണ്ടിട്ടുണ്ടോ ഈ ആനിമൽ പ്ലാനറ്റ് ഒക്കെ നോക്കി നോക്കൂ നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഈ അതത് മൃഗങ്ങളുമായിട്ട് അതിനെ എങ്ങനെ ഗവേഷണം നടത്തുന്നവർക്ക് അതിന്റെ ഒരു ചായയും കൂടെ ഈ പാമ്പിന്റെ കാളുകളുണ്ട് അവർക്ക് ഒരു നോക്കിക്കഴിഞ്ഞാൽ അവരും ഏകദേശമൊക്കെ അതുപോലെ ആ ഒരു സാമ്യം ഉണ്ട് കൊരങ്ങനെ ഗവേഷണം അത് അതുപോലെ നായയുടെ ഇതില് അവരെയൊക്കെ അതുപോലെ തോന്നും കാണാൻ അതൊരു മോശമായിട്ടുള്ളതല്ല അവരതുമായിട്ട് അത്രയും താതാത്മ്യം പ്രാപിച്ചിട്ടുള്ളവരാണ് അതൊരു നമ്മള് ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞിരുന്നുവല്ലോ എന്താ മന്ദബുദ്ധി സ്ഥൂലബുദ്ധി സൂക്ഷ്മബുദ്ധി തീക്ഷ്ണബബുദ്ധിയൊക്കെ തീക്ഷണബുദ്ധി എന്ന് പറയുമ്പോ ഒരു വിഷയത്തിലേക്ക് ബുദ്ധിയെ കേന്ദ്രീകരിപ്പിക്കുന്നതാണ് ഒന്നിലേക്ക് അപ്പൊ ഇവിടെ ആ ബോധത്തിലേക്ക് തം എന്നിലേക്ക് ആ പരമാത്മാവിലേക്ക് എന്ന് പറയുമ്പം അതാണ് എല്ലാമായി ഇരിക്കുന്നത് അതുകൊണ്ടാണ് അതുമായിട്ടുള്ള ഒരു എന്താ ആ സാമ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വിശ്വം തനിക്ക് സുഹൃത്തായിരിക്കും എന്ന് പറയാം പിന്നെ അവിടെ തൻ തന്നിൽ വേറിട്ടൊന്ന് നിലനിൽക്കുന്നില്ല അതെയാണ് ഭഗവാൻ ഇവിടെ പ്രിയഹ എന്ന് പറഞ്ഞത് ഇത് ഇത് അറിവ് മാത്രമേ സാധിക്കൂ നിങ്ങൾക്കിതിന് ഉപാധിയായിട്ട് സ്വാമി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നാൽ അതെല്ലാം തട്ടിപ്പായിരിക്കും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഇന്ന ക്ഷേത്രത്തിൽ ഇത്ര പ്രദക്ഷിണം വെച്ചാൽ ഭഗവാൻ തൃപ്തനാവും എന്ന് തോന്നുന്നുണ്ടോ കാരണം നിങ്ങൾക്കിപ്പോഴും പ്രകൃതി അന്യമാണ് നിങ്ങളാകെ ഈശ്വരനെ നിങ്ങളെന്ന് പറയുന്നത് സ്വാമി നിങ്ങളെയല്ലേ ആരാണോ ഇതറിയാത്തത് അവരെ ഈശ്വരൻ എന്ന് പറയുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അങ്ങ നിലകൊള്ളുന്ന ഒരു ഒരു സംഭവമാണ് വേറെ ഈശ്വരന് വേറെ യാതൊരു പിന്നെ പറയും അവര് പറയും ഈശ്വരൻ സർവശക്തനാണ് സർവവ്യാപിയാണ് സർവാന്തര്യാമിയാണ് എന്നൊക്കെ പറയും പക്ഷെ വേറെ എവിടെ അത് കാണില്ല എന്ന് പറയാം അതുകൊണ്ട് അവർക്കൊരു വിഷമവും ഇല്ല ഒരു വൃക്ഷത്തിൽ ആണി അടിച്ചു കയറ്റി പടം തൂക്കാൻ ഹനുമാന്റെ പടം തൂക്കാൻ അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു പടം തൂക്കാൻ ഒരു വിഷമവും ഇല്ല കാരണം അവർക്ക് ആ ചിത്രമാണ് ഭഗവാൻ ആ വൃക്ഷം ഭഗവാനല്ല എന്ന് പറയാം അതുകൊണ്ട് ആണി അടിച്ചു കയറ്റാൻ തോന്നുന്നത് വിഷമമില്ല അവർക്ക് പല പല സ്ഥലങ്ങളിലും ഉണ്ടല്ലോ അത് അതിന്റെ ചുവട്ടിൽ തീ കൊടുക്കാനൊന്നും വലിയ വിഷമമില്ല അതിന്റെ ചുവട്ടിൽ തന്നെ അതിന്റെ വേരിൽ തന്നെ കൊണ്ടുപോയി തീ വയ്ക്കാൻ അല്ലെങ്കിൽ അവിടെ ഈ വിളക്ക് വെച്ച് അതിലിങ്ങനെ അതിന്റെ എണ്ണയൊക്കെ ഉറ്റി കുറ്റി അതിനെ ആ നശിപ്പിക്കാൻ അതിനൊന്ന് നമുക്ക് നമുക്കെന്താണെന്നറിയോ നമ്മൾ കാണുന്ന ഈശ്വരൻ എന്താ ഭാഗികമാണ് എന്ന് പറയാം അതുകൊണ്ട് പൂർവന്മാര് ക്ഷേത്രങ്ങളും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം തന്നെ ഈ ഒരു സത്യത്തെ വെളിപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് അവരവതരിപ്പിച്ചിട്ടുള്ളത് പക്ഷേ കാലം കൊണ്ട് ഇന്ന് അതിൽ നിന്ന് വിരുദ്ധമായിട്ട് അതുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത വിധത്തിൽ അതിങ്ങനെ എന്താ പറയാ ക്ഷയിച്ചു ക്ഷയിച്ചുകൊണ്ട് വരുന്നു അപ്പൊ ഏതൊക്കെ ആചാരാനുഷ്ഠാനങ്ങളാണോ നാം ഇതുവരെ ചെയ്തു പോരുന്നത് അതിനൊക്കെ കൂടുതൽ തീവ്രത നിങ്ങൾ നൽകണം എന്നാണ് സ്വാമിയുടെ പക്ഷം നിങ്ങളൊന്നും കൈവടിയണമെന്നല്ല നിങ്ങളൊരു ചിരാതെടുത്ത് കത്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ എന്താ വരണം തസ്യ ഭാസ സർവമിതം വിഭാതി ന തത്ര സൂര്യോഭാതി ന ചന്ദ്ര താരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം സർവമിതം അതൊക്കെ ഗീതയിൽ പറഞ്ഞല്ലോ തസ്യഭാസ സർവമിതം വിഭാതി എന്ന് പറയും അതിന്റെ പ്രകാശമാണ് ഈ കാണുന്നതെല്ലാം ഈ അഗ്നി എവിടെ എന്നാലും ഞാൻ എന്റെ എന്താ പരിമിതമായ ആ ഒരു സമർപ്പണം ആ അഗ്നി ആ പ്രകാശമാണ് എല്ലാം എന്ന നിലയ്ക്ക് ഞാനിതാ അഗ്നി തെളിയിക്കുന്നു ഒരു ഇതുവരെയായിട്ട് ആരും വിളക്ക് കത്തിച്ചില്ലേ എന്താണാ സമയം ആരുടെ കഴിഞ്ഞില്ലേ ആ നീ കത്തിക്കൂ അഹം കത്തിക്കൂ വിളക്ക് എത്തിക്കാം വീട്ടിലൊരാട്ടി എന്തുകൊണ്ടിതുണ്ടാവുന്നു ഈ ഒരു അറിവ് ഉൾക്കൊള്ളാത്തതുകൊണ്ട് വിഷമമായോ നിങ്ങൾക്ക് ആലോചിക്കൂ ഈ അറിവ് കിട്ടട്ടെ പിന്നെ അവര് പിന്നെ അതില് നീ കത്തിക്കുക ഞാൻ കത്തിക്കുക എന്നുള്ള പ്രശ്നമില്ല അവിടെ അതൊരു വലിയൊരവസരമാണ് അപ്പൊ പിന്നെ അവിടെ കൂട്ടായ്മ വരും വരും നമുക്ക് കത്തിക്കാം എന്ന് പറയും ഇത് കാലന്റെ കടം വീട്ടുക എന്നൊരു പുറച്ചിലുണ്ടല്ലോ ആ എന്താ പറയുന്നത് എടാ നാട്ടുകാർ കണ്ടാ എന്ത് വിചാരിക്കും എടി സന്ധ്യായില്ലേ ഇവർക്ക് കത്തിക്കും നാട്ടുകാർ കണ്ടാൽ എന്ത് വിചാരിക്കും നമ്മുടെ ഭക്തിയും നമ്മുടെ ഈശ്വരനും നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം തന്നെ നാട്ടുകാർക്ക് വേണ്ടിയുള്ളതാണ് ഹിന്ദുവായ ജന്തുവിന്റെ വീടാണ് എന്നുള്ളതുകൊണ്ട് ഗണപതിയുടെ പടം ഇരിക്കട്ടെ അവിടെ ഒരു ഗണപതി ഹോമം അറിവിൽ നിന്ന ഇതെല്ലാം ഉണരേണ്ടത് അല്ലാതെ ബോധിപ്പിക്കാനോ മറ്റുള്ളവർക്കോ ഒന്നും വേണ്ടിയിട്ടാവരുത് നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കാ ഒരു ഇപ്പൊ നാമം ചൊല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്കുള്ള ഏർപ്പാടാ നമ്മുടെ ഇതിൽ കുട്ടികളവിടെ നാമം ചൊല്ലി വലിയവർക്കും അതിന്റെ ആവശ്യമില്ല അവർക്ക് അതെന്താ എന്താന്ന് അറിയില്ല വലിയവർക്കൊന്നും നാമം ചൊല്ലേണ്ട ആവശ്യമില്ല പിന്നെ ഈ കല്യാണമൊക്കെ കഴിയുന്നതിന് മുമ്പ് കുറച്ച് ഭക്തി അല്ലേ ശിവരാത്രി പോലും നോൽക്കുന്നത് ഏതോ ഒരുത്തനെ വേണ്ടിയിട്ടാണ് അത്ര അതിനൊക്കെ പിന്നെ ഇപ്പൊ എന്താണ് ഇപ്പൊ ശിവരാത്രി എന്ന് പറഞ്ഞാൽ എന്താ ശിവരാത്രി എന്ന് പറഞ്ഞാൽ ഉറക്കൊഴിയ കുറെ ഗാനമേള അത് ഇത് ഇതൊക്കെ നമ്മുടെ താല്പര്യം എന്താ ശിവരാത്രിയുടെ പേരിൽ ഇങ്ങനെ കുറെ കാര്യങ്ങൾ അതിനെന്തിനാ ഈ ശിവക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങൾ നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത് അല്ലാതെ വല്ല മൈതാനത്തൊക്കെ ആയിക്കോട്ടെ എന്തിനാണ് ഇതുമായിട്ട് ഇങ്ങനെ ക്ലബ്ബ് ചെയ്യുന്നത് അപ്പൊ സ്വാമി പ്രകൃതിയായിട്ട് ഈശ്വരനെ ബന്ധിപ്പിച്ചാൽ വലിയ വിഷമാണ് ഈ പേക്കൂത്തുകളൊക്കെ പോയി കാണാം അതിനൊന്നും ഒരു കുഴപ്പമില്ല അമ്പലത്തിന്റെ ഈ നവശിവ ഈ ശിവന്റെ പടവും വെച്ച് അടിയിൽ മിമിക്സ് വരേണ്ടി വെച്ചാൽ ഒരു കുഴപ്പമില്ല വളരെ കയമായിട്ട് നടക്കുന്നു പറയാം പേരുകളൊക്കെ അങ്ങനെ തന്നെയാണ് ഏതാ ഒരു ക്ഷേത്രത്തിലെ എന്താ ഒരു കണ്ടു നോട്ടീസിൽ ഒരു പരിപാടി അതുമായിട്ട് ഒരു ബന്ധവും ഇവിടെ ശ്രദ്ധിക്കൂ ഭഗവാൻ എനിക്ക് പ്രിയപ്പെട്ടവൻ എന്നൊക്കെ പറയുമ്പം വളരെ വളരെ എനിക്ക് പ്രിയപ്പെട്ടവനാകേണ്ടതുണ്ട് പ്രകൃതി നമുക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ടതായിരിക്കണം പ്രകൃതിക്ക് നാം അന്യനാവരുത് പലവട്ടം സ്വാമി പറഞ്ഞിട്ടുള്ളതാണ് കാലത്തിന് നാം അപരിചിതരാകരുത് എന്ന് പറയാം ഋതുക്കൾക്ക് നാം അപരിചിതരാകരുത് ഋതുക്കൾക്ക് നമ്മളെ കണ്ടാൽ അറിയണം ഒരു പൂ വിരിയുമ്പം തന്നെ ആ പൂ വിരിയുന്നത് നമ്മുടെ മുറ്റത്താണെങ്കിൽ അത് ആഗ്രഹിക്കുന്നു നമ്മൾ കാണാൻ വേണ്ടി ഒന്ന് കാണൂ നിങ്ങൾ കണ്ടൊന്ന് ചിരിക്കൂ അതിനോട് അയ്യ സ്വാമി അപ്പുറത്തുള്ള അവളെന്ത് വിചാരിക്കണം ഇതാണ് ഉടനെ ചിന്ത അവര് വിചാരിക്കില്ല എനിക്ക് വട്ടാന്ന് ഇപ്പൊ നിങ്ങളെ കുറിച്ച് എന്താ വിചാരിച്ചിരിക്കുന്നത് അത് തന്നെ പിന്നെ ഭേദപ്പെട്ട വട്ടാന്ന് വിചാരിച്ചൂടെ ഏതായാലും ഈ കാണുന്നവരോടും പോകുന്നവരോടും മുഴുവൻ ചിരിക്കുന്നതിലും ഭേദമാണ് അതുകൊണ്ട് പഠിക്കൂ അതിനോട് ചിരിച്ച് അതിനോട് സംസാരിച്ച് വീട്ടിൽ ആരുമില്ല ഞാൻ ആകെ ബോറടിച്ചിരിക്കുക എങ്ങനെയാ ബോറടിക്കുന്നത് നമ്മൾ നോക്കാത്തത് കൊണ്ട് ആരൊക്കെയാ വീട്ടിലുള്ളത് അല്ലേ നിങ്ങൾക്ക് ശരിക്കും കണക്കെടുക്കാൻ പറ്റും വീട്ടിൽ എത്ര പല്ലിയുണ്ട് എത്ര അങ്ങനെ ശരി അവരൊരു ഇതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓ ഇവൻ വളർന്നു കഴിഞ്ഞല്ലോ കുറച്ച് ഇപ്പൊ മറ്റതിനെ കാണാനില്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒരു നമ്മുടെ ഒരാളായിട്ട് എണ്ണിക്കഴിഞ്ഞാലുണ്ടല്ലോ അവരൊന്നും ഒരു പ്രശ്നക്കാരാവില്ല ഈ ഒരു പ്രയമാണ് കേട്ടോ ഈ ഗീതയിൽ നിന്ന് ജനിക്കേണ്ടത് സ്വാമി ആഗ്രഹിക്കുന്നതും അതാണ് ഋതുക്കൾക്ക് നാം അപരിചിതരാകരുത് ഋതുക്കൾക്ക് നമ്മളെ കണ്ടാൽ അറിയണം ഒരു പൂ തന്നെ ആ പൂ നമ്മുടെ മുറ്റത്താണെങ്കിൽ അതാഗ്രഹിക്കുന്നു നമ്മൾ കാണാൻ വേണ്ടി ഒന്ന് കാണൂ നിങ്ങൾ കണ്ടൊന്ന് ചിരിക്കൂ അതിനോട് അയ്യ സ്വാമി അപ്പുറത്തുള്ള അവളെന്ത് വിചാരിക്കണം ഇതാണ് ഉടനെ ചിന്ത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 എങ്ങനെയാ ബോറടിക്കുന്നത് നമ്മൾ നോക്കാത്തത് കൊണ്ട് ആരൊക്കെയാണ് വീട്ടിലുള്ളത് നിങ്ങൾക്ക് ശരിക്കും കണക്കെടുക്കാൻ പറ്റും വീട്ടിൽ എത്ര പല്ലിയുണ്ട് എത്ര അങ്ങനെ ശരി ഒരു ഇതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓ ഇവൻ വളർന്നു കഴിഞ്ഞല്ലോ കുറച്ച് അപ്പം മറ്റതിനെ കാണാനില്ലല്ലോ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഒരു നമ്മുടെ ഒരാളായിട്ട് എണ്ണിക്കഴിഞ്ഞാലുണ്ടല്ലോ അവരൊന്നും ഒരു പ്രശ്നക്കാരാവില്ല ഈ ഒരു പ്രേമമാണ് ഈ ഗീതയിൽ നിന്ന് ജനിക്കേണ്ടത് സ്വാമി ആഗ്രഹിക്കുന്നതും അതാണ് നിങ്ങളെ നാളെ രാവിലെ ഇവിടെ ക്യൂ നിൽക്കുന്നതല്ല സ്വാമി ആഗ്രഹിക്കുന്നു സ്വാമി ക്ഷേത്രത്തിനെതിരല്ല പക്ഷെ നിങ്ങളെ അവിടെ ആ എന്തോ നമുക്ക് തൃപ്തി തോന്നുന്നില്ല നിങ്ങളെ ഈ ഒരു ഈ കാണാൻ അങ്ങേയറ്റം ആഗ്രഹിക്കുന്നു പ്രകൃതിയെ അങ്ങനെ വാരിപ്പുണരുന്ന വിവേകാനന്ദ സ്വാമികളൊക്കെ ഓരോ മൺതരിയെ എടുത്തിട്ട് അങ്ങനെ മദ്രാസ് ബീച്ചിൽ അങ്ങനെ കിടന്നുരുളുമായിരുന്നു എന്തിനാണ് ധന്യോഹം ധന്യോഹം ഈ ഭൂമിയാണല്ലോ എനിക്ക് ജന്മം തന്നത് ഒരു ക്ഷേത്രത്തിലേക്കും സ്വാമി ഓടിയിട്ടില്ല സ്വാമിജിയുടെ വാക്കുകളൊക്കെ അതിശക്തമാണ് ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമയത്ത് സ്വാമിജി പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങളുടെ മനസ്സിൽ നിന്ന് എല്ലാ ദേവതകളെയും വലിച്ചെറിയൂ ഭാരതാമ്പയായ ഭാരതാമ്പയാകട്ടെ നിങ്ങളുടെ വിഗ്രഹം ഇങ്ങനെ വലിച്ചെറിഞ്ഞ് പകരം പ്രതിഷ്ഠിക്കാൻ പോകുന്ന കരുത്തുള്ളവരാ നമ്മൾ ഒന്ന് വീണാൽ വിഷമിക്കേണ്ട എന്ന് പറയുക അതുകൊണ്ട് ഏതിനെയും ഭാരതാംബ നമ്മുടെ വിഗ്രഹമാകട്ടെ ഇനിയൊരു അമ്പത് വർഷത്തേക്ക് സ്വാമിജി പറഞ്ഞിട്ടുള്ളതാ ഇനിയൊരു അമ്പത് വർഷത്തേക്ക് ഭാരതാംബയാകട്ടെ നമ്മുടെ ഏക വിഗ്രഹം അതിനെയാണ് നിങ്ങൾ പൂജിക്കേണ്ടത് അതിനെയാണ് ആരാധിക്കേണ്ടത് അതിനായിരിക്കട്ടെ നിങ്ങളുടെ സ്തുതിഗീതങ്ങളെല്ലാം അതിനായിക്കൊണ്ട് മന്ത്രങ്ങൾ രചിക്കൂ അത് ആ സമയത്ത് അതുകൊണ്ട് ഇപ്പം നമ്മുടെ കാലത്തിന് ഏറ്റവും എന്താ ആവശ്യമായിട്ടുള്ളത് നാം പ്രകൃതിയെ അങ്ങേയറ്റം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക നിരന്തരം അതുകൊണ്ട് അതിനോട് അതിൽ ജീവിക്കുന്നതിന് ജീവിക്കുന്നത് ജീവിക്കുന്നവരോട് നമ്മൾ എന്തൊക്കെയാ ചെയ്യുന്നത് മുൻപൊന്നും ഇത്ര നമ്മൾ ഈ എന്താ കൊതുകിനെ അടിച്ചു കൊല്ലാനും മൂങ്ങൂട്ടയെ പാറ്റയെ അടിച്ചു കൊല്ലാൻ എല്ലാറ്റിനും നമ്മൾ ഈ കീടനാശിനികൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നിട്ടിപ്പോ കാണാം ഇടയ്ക്കിടയ്ക്ക് ഓരോ മുഴ അവിടെ മുഴ ഇവിടെ മുഴ ഇതെന്താ നോക്കുമ്പോൾ പിന്നെ ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ പറയും അത് വെച്ചിട്ടാണ് ഇതടിച്ചിട്ടാണ് ഇതൊക്കെയാണ് എന്ന് അപ്പൊ കാണാം എല്ലാം കൂടെ ഒരൊറ്റ ഉപേക്ഷിക്കൽ കുറേ കൂടെ നമുക്ക് ആ ഒരു താതാത്മ്യം അത് വരേണ്ടതുണ്ട് എന്ന് പറയാം വളരെ വളരെ പ്രധാനപ്പെട്ട ഭഗവത്ഗീതയിലെ ഏറ്റവും വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഇതിന്റെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്ലോകം ഭഗവാൻ ഇതാ പറയാൻ പോലും സർവർമാൻ പരിതജ മാം ഏകം ശരണം വ്ര അഹം ത്വ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാശുച ഗംഭീര ശ്ലോക ശ്ലോകം ഗംഭീരാണ് ആശയക്കുഴപ്പങ്ങളുണ്ട് കുറെ എന്താ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാല് ഭഗവത്ഗീതയില് അപൂർവം ശ്ലോകങ്ങളാണ് ഈ അപൂർവമായിട്ട് അതായത് അന്വയിപ്പിക്കേണ്ടി വരുന്ന മിക്ക ശ്ലോകങ്ങളെയും അന്വയിപ്പിക്കണം പദഛേദം അന്വയം അന്വയാർത്ഥം അങ്ങനെയാണല്ലോ അതിൻ്റെ ഘടന ഈ ശ്ലോകത്തിന് അന്വയം വേണ്ട എന്ന് പറയാം കാരണം ഭഗവാൻ രചിച്ചിരിക്കുന്നതേ അങ്ങനെയാണ് നമുക്ക് തോന്നണം ഇതിൽ ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിയിട്ടുണ്ട് വ്യാഖ്യാതാക്കളെയൊക്കെ പേടിച്ചുകൊണ്ടായിരിക്കാം ഭഗവാൻ അത് ചെയ്തത് വ്യാസര് അന്വയത്തിന്റെ ആവശ്യമേ ഇല്ല സർവധർമാൻ പരിത്യജ്യ മാമേകം ഇവിടെ വേണമെങ്കിലൊന്നാകാം ഏകം മാം എന്നാക്കാം അത്രയേ ഉള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ഇല്ല അതുകൊണ്ട് അത് തന്നെ പറഞ്ഞാൽ അത് അധിക പ്രസംഗമാണ് അതുകൊണ്ട് ഇങ്ങനെ തന്നെ പറയാ നല്ലത് മാമേകം ഏകം മാം എന്ന് വേണ്ട മാം ഏകം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാവേഭ്യ മോക്ഷയിഷ്യാമി മാശുജ ഭഗവാൻ ഇവിടെ ഗീത അവസാനിപ്പിക്കുക അശോച്യാൻ എന്ന് തുടങ്ങിയിട്ട് ഇവിടെ ദുഃഖിക്കാൻ പാടില്ലാത്തതിനെക്കുറിച്ച് നീ ദുഃഖിക്കുന്നു ഇവിടെ കൊണ്ടുവന്നിട്ട് ഭഗവാൻ പറയുന്നു മാ ശുജ ദുഃഖിക്കേണ്ട മോനെ എന്താ വേണ്ടത് പറയുന്നു സർവധർമാൻ പരിത്യജ്യ എല്ലാ ധർമ്മങ്ങളെയും പരിത്യജിക്കുക പോരെ Only Samadhi, how many things performed by that시 from another Malayana built whom God has ever held, They caught how many things went out Oh no, you wasn't here Yayati, secondo me, Buddha orarz 식als YouTube Background is your story efecto is notِ like that Ey dancing with Azariya Swami And many of Bra血 of Goddess You don't know how much remembering. Then common exceeding selves The techniques those everyone എന്നിട്ടോ എന്നെ തന്നെ ശരണം പ്രാപിക്കുക ഞാൻ ഏറ്റവും നിന്നെ എല്ലാ പാവങ്ങളിൽ നിന്നും ഞാൻ മോചിപ്പിക്കുന്ന ഇതാണ് ഇതിൻ്റെ സാമാന്യ സാരം പക്ഷേ ധർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ പറയണോ അതെങ്ങനെയാ ശരിയാവുന്നത് അത് ഏറ്റവും ഒരു വിരുദ്ധമായിട്ടുള്ള ഇത്ര നേരം ഭഗവത്ഗീത ഇത്ര വരെ പറഞ്ഞുകൊണ്ടിരുന്നത് ധർമാനുസൃതമായി ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ശ്രദ്ധ യാതൊന്നിന് വേണ്ടിയിട്ടാണോ യാതൊന്നിന് പ്രകീർത്തിക്കാൻ വേണ്ടിയിട്ടാണോ യാതൊന്നിൽ നിലകൊള്ളാൻ വേണ്ടിയിട്ടാണോ യാതൊന്നിനെയാണോ ഭഗവാൻ ഇതുവരെ പൊക്കിപ്പിടിച്ചത് ഇപ്പൊ പറയാണ് ഉപേക്ഷിച്ചോളാൻ അതെങ്ങനെയിരിക്കും എല്ലാ ധർമ്മങ്ങളെയും ഉപേക്ഷിക്കൂ എന്നിട്ട് എന്നെ ശരണം പ്രാപിക്കാൻ അതെന്താ ഇപ്പം സംഗതി അതായത് നമ്മൾ ഈ മനസ്സിലാക്കുന്നതിൽ പല കുഴപ്പങ്ങളും ഉണ്ടാവാറ് അതായത് അതിന് പലരും ഇതിനെ സ്വീകരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് പലർക്കും പല വിധത്തിലാണ് ഈ ശ്ലോകങ്ങളെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുള്ളത് ഈ ശ്ലോകത്തിന്റെ ദുർവ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട് ഏറെ അതായത് ഭഗവത്ഗീതയും ഒരു സെമറ്റിക് മതം തന്നെയാണ് എന്ന് പറയുന്ന ഈ ശ്ലോകം വെച്ചുകൊണ്ട എന്തുകൊണ്ടെന്നാൽ മാമേഘം എന്നെ എന്നെ എന്നിലൂടെ മാത്രമേ നിനക്ക് രക്ഷയുള്ളൂ എന്ന് ഗീതയും പറയുന്നുണ്ട് ഇവരൊക്കെ വ്യാപാര പണ്ഡിതന്മാരാട്ടോ ഇങ്ങനെ കണ്ടെത്തുന്നവര് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ ഇവരുടെ പാണ്ഡിത്യത്തിന്റെയൊക്കെ തലമുണ്ട് അതായത് ഒരമ്മ അവർക്ക് തടി കുറച്ച് കൂടുതലാണ് എനിക്ക് തടി എന്റെ തടി കുറയ്ക്കണം എന്നുള്ളത് അപ്പൊ ഡോക്ടർ പറഞ്ഞു ഈ വിഷയത്തിൽ വേണ്ടത് നമുക്ക് തീവ്രമായ ഇച്ഛ വേണം തീവ്രമായ ഇച്ഛ വേണം അപ്പൊ ഇവര് പറഞ്ഞു എനിക്ക് തീവ്രമായ ഇച്ഛ ഉണ്ട് പോരാ ഇച്ച ഒന്നുകൂടെ തീവ്രമാവണം അപ്പൊ അതിനെന്താ വേണ്ടത് ഡോക്ടറെ അതായത് നല്ലൊരു സ്ലിം ബ്യൂട്ടിയുടെ ഒരു ഫുൾ ചിത്രം മുഴുവനായിട്ടുള്ള പൂർണ്ണകായ ചിത്രം കേശാതിപാദം വരെയുള്ള അവരുടെ ഒരു നല്ല ചിത്രം നോക്കുക ആരുടെയെങ്കിലുമൊക്കെ നോക്കുക കിട്ടുമെങ്കിൽ അത് എടുത്തിട്ട് ഫ്രിഡ്ജിന്റെ മുകളിൽ ഒട്ടിച്ചു വെക്കുക നിങ്ങളെ ഏറ്റവും കൂടുതൽ സമ്പർക്കം പുലർത്തുന്നത് അവിടെയാണല്ലോ അപ്പം നിങ്ങളിത് ദിവസവും കാണും എപ്പോഴും കാണും ഈ കാണുന്ന സമയത്ത് നിങ്ങളെ നിരന്തരം ഓർമ്മിപ്പിക്കും തടി കുറയ്ക്കണം ഇതുപോലെയാകണം ഇതുപോലെയാകണം അപ്പൊ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ അണുവിട വ്യതിചലിക്കില്ല ഇതാണ് എന്റെ തന്ത്രം ഇത് നിങ്ങൾ പരീക്ഷിച്ചു നോക്കും ഒന്നും ചെയ്യേണ്ട തനിയെ കുറയും അവര് അതുപോലെ ഒരു ചിത്രം സംഘടിപ്പിച്ചു ചിത്രം ഏതാണ്ട് സ്വാമിക്ക് അറിയില്ല ഓട്ടിച്ചു വെച്ചു എന്തിനു പറയണു രണ്ടു മാസം കൊണ്ട് പത്ത് കിലോ കുറഞ്ഞു പക്ഷെ എന്ത് സംഭവിച്ചു എന്നറിയോ ഭർത്താവിന് പത്ത് കിലോ കൂടി അതെങ്ങനെയാ മൂപ്പരി ഈ ചിത്രം കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരും എന്നിട്ട് ഫ്രിഡ്ജിനകത്തുനിന്ന് ചോക്ലേറ്റും പെപ്സിയും ഒക്കെ എടുത്ത് ഇന്നലെ നേരെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ഈ ശ്ലോകം ഒരാളെ അനുഗ്രഹിച്ചുവെങ്കിൽ ഒരാളെ നിഗ്രഹിച്ചു എന്ന് പറയാം സർവധർമാൻ ശ്രദ്ധിക്കേണ്ടതാണ് ധർമ്മങ്ങളെ ബഹുവചനമാണ് പ്രയോഗിച്ചത് എന്താണ് ബഹുവചനം നമ്മള് ധർമ്മമെന്ന് കരുതിയിട്ടുള്ള ഒന്നുണ്ട് എന്താണ് ധർമ്മം ആചാര്യസ്വാമികൾ ഭാഷ ആരംഭിക്കുമ്പം പറയുന്നുണ്ട് പ്രാണിനാം സാക്ഷാത് അഭ്യുദയ നിശ്രേയസ ഹേതു സധർമ്മ ഏതൊന്നാണോ പ്രാണിവർഗങ്ങളുടെ മുഴുവൻ ഉദ്ധാരണത്തിനായി നിലകൊള്ളുന്നത് അതാണ് ധർമ്മം വേദത്തില് വിധിച്ചിട്ടുണ്ട് ധർമ്മ എന്ന ധർമ്മം ചര ധർമ്മത്തിൽ ചരിക്കണം ധർമ്മത്തിൽ നിന്നൊരിക്കലും വ്യതിചലിക്കാൻ പാടില്ല ഇതൊക്കെ ശ്രുതി അനുശാസിക്കുന്നു അങ്ങനെ ശ്രുതിയിൽ അങ്ങനെ ഇരിക്കെ ഭഗവാൻ ഇവിടെ സർവധർമാൻ പരിത്യജ്യ എന്ന് പറയുന്നത് ഏത് വകുപ്പില അങ്ങനെ പറയാൻ ഭഗവാൻ എന്താ അധികാരം ഇതൊക്കെ നമ്മൾ ചോദിക്കണം അപ്പോഴേ ശ്ലോകത്തിന് ഉത്തരം കിട്ടൂ നമ്മൾ ചോദിക്കണം ഈ ചോദ്യം ഭഗവാൻ ഇങ്ങനെ പറയാൻ എന്താ അധികാരം ഒന്നുകിൽ ഭഗവാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞിരിക്കണം അല്ലെങ്കിൽ വ്യാസർക്കെന്തോ കുഴപ്പം സംഭവിച്ചു എന്ന് പറയണം ഇതൊന്നും നമുക്ക് സ്വീകാര്യമാവില്ല നമ്മുടെ സ്വീകാര്യമാവുന്ന എന്താ നമുക്കിത് മനസ്സിലാക്കുന്നതിൽ എന്തോ കുഴപ്പം സംഭവിച്ചിട്ട് എന്നാ ശരി നമുക്കിതൊന്ന് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കാം അതേ ഇവിടെ നമുക്ക് കരണീയമായിട്ടുള്ള ഒന്നേ ഒന്ന് ധർമാൻ എന്നാ പറഞ്ഞത് ധർമ്മങ്ങളെ എന്നാണ് അപ്പൊ ധർമ്മം ധാരയതി ഇതി ധർമ്മ വീണ്ടും ധർമ്മത്തെക്കുറിച്ച് പറയട്ടെ ധരിച്ചിരിക്കുന്നതേതോ അതാണ് ധർമ്മം ഒരു വസ്തുവിനെ അതാക്കി നിലനിർത്തുന്നത് എന്താണോ അതാണ് അതിൻ്റെ ധർമ്മം യാതൊന്നിനെ യാതൊന്നിൽ നിന്ന് യാതൊന്നിനെ എടുത്തു മാറ്റിയാൽ അതല്ലാതാകുമോ അതാണ് അതിൻ്റെ ധർമ്മം അതൊക്കെയാണ് ധർമ്മത്തിൻ്റെ നിർവചനങ്ങൾ അപ്പൊ അഗ്നിയിൽ നിന്ന് അഗ്നിയുടെ ചൂടും പ്രകാശവും എടുത്തു മാറ്റിയാൽ അഗ്നി അഗ്നി അല്ലാതാകുന്നു അഗ്നിയുടെ ധർമ്മം ചൂട് പ്രകാശം അപ്പം ഈ ഇനി അഗ്നിയുടെ നാളത്തിന്റെ അഗ്നിയുടെ നാളം ചില സമയത്ത് നിറഭേദങ്ങളൊക്കെ ഉണ്ടാവാം നിറഭേദങ്ങൾ അഗ്നിയുടെ ധർമ്മത്തെ എന്താ പറയുക ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാക്കുക അല്ലെങ്കിൽ ധർമ്മത്തിന് ചുതി വരുത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല അതൊക്കെ വേറെ കാര്യങ്ങളാണ് പക്ഷെ അഗ്നിയുടെ ധർമ്മം എന്ന് പറയുന്നത് ഇതാണ് അതുപോലെ ജലത്തിന്റെ ധർമ്മം അതിന്റെ ശീതളിമ അതിന്റെ ദ്രവത്വം ഇങ്ങനെ ഓരോന്നിനെ ധരിച്ചിരിക്കുന്നതിനെയാണ് ധർമ്മം എന്ന് പറയുന്നത് ധർമ്മക്ഷേത്രേ എന്ന് നമ്മൾ പറഞ്ഞ സമയത്ത് ഭഗവാൻ ആരംഭിക്കുന്നത് ഗീത ആരംഭിക്കുന്നത് ധർമ്മക്ഷേത്രേ പറഞ്ഞുകൊണ്ടാണല്ലോ ആ ധർമ്മത്തെയാണ് ഇവിടെ വിട്ടോളാം പറഞ്ഞിട്ടുള്ളത് ഒഴിഞ്ഞോളാം പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇത് കുഴപ്പങ്ങൾ തന്നെയാണ് ഈ അവസാനം കുഴപ്പത്തിൽ ചാടിച്ച് സ്വാമി ഇവിടുന്ന് പോവില്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അപ്പൊ ധർമ്മം എന്ന് പറയുമ്പം ഇതാണ് അതിന്റെ ആദ്യത്തെ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാം പടി ധരിച്ചിരിക്കുന്നത് അങ്ങനെ ഈ വിശ്വത്തെ ധരിച്ചിരിക്കുന്നത് ബ്രഹ്മമാണ് ബ്രഹ്മമാണ് ഈ വിശ്വത്തെ ധരിച്ചിരിക്കുന്നത് ഈ വിശ്വം മുഴുവൻ അതുകൊണ്ട് ധാരയതി ഇതി ധർമ്മ എന്ന് പറഞ്ഞത് അവിടെയാണ് അപ്പൊ ബ്രഹ്മം ആ ബ്രഹ്മത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ് എന്ത് എല്ലാ മൂല്യങ്ങളെയും നമ്മൾ എന്ത് പറഞ്ഞു ധർമ്മം എന്ന് പറഞ്ഞു അപ്പൊ ശരീരത്തിന് ശരീരത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് ധർമ്മങ്ങളുണ്ട് ഇവിടെ ഭഗവാൻ സർവധർമാൻ പരിത്യജ്യ എന്ന് പറയുമ്പം ബ്രഹ്മത്തെ പരിത്യജിച്ചുകൊണ്ട് എന്നല്ല പിന്നെയോ നാം ഈ ബ്രഹ്മത്തെ അറിയണമെങ്കിൽ ഭഗവാൻ പറയാൻ പോകുന്ന ഇതിലെ കുറച്ച് കാര്യങ്ങളുണ്ട് മാം ഏകം ശരണം പ്രജ എന്നാണ് മാം ഏകം എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിനാണെന്നറിയോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എപ്പോഴാ പഠിച്ചതെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പുസ്തകത്തിൽ രണ്ടാം അധ്യായം ഉണ്ടെങ്കിൽ അൻപത്തി ഒൻപതാമത്തെ ശ്ലോകം ഉണ്ടെങ്കിൽ ഒന്നെടുക്കൂ നമുക്ക് മാം ഏകം എന്നുള്ളതിനെ പറഞ്ഞു തരാം എന്താണ് എന്ന് രണ്ടാം അധ്യായത്തില് അൻപത്തി ഒൻപതാമത്തെ ശ്ലോകം അങ്ങനെ ഒരു ശ്ലോകം ഇല്ലേ അതെ അതെ വിഷയാവിനിവർത്തന്റെ നിരാഹാര ദേഹിനസവർജം രസോപ്യസ പരം ദൃഷ്ടുവ പരം ദൃഷ്ടുവ എന്നുള്ളതിനെയാണ് ഇവിടെ എന്ത് പറഞ്ഞത് മാം ഏകം അവിടെ എന്താ പരം ദൃഷ്ടുവ എന്ന് നമ്മൾ കണ്ടത് ആ പരമതത്വം കണ്ടിട്ട് എന്താകുന്നു ജ്ഞാനികൾ നിവർത്തന്തേ വിട്ടുമാറുന്നു ഭഗവാൻ പറയുന്നു നിനക്ക് ആ എന്നെ അറിയണമെങ്കിൽ നീ എങ്ങനെ എന്ത് വേണം ഇവിടെ മാമേകം ആ ഏകമായിട്ടുള്ള എന്നിലേക്ക് നീ ശരണാഗതനാകേണ്ടതുണ്ട് ഇവിടെ ശരിക്കു പറഞ്ഞാൽ ധ്യാനത്തിലൂടെ ഭഗവാനെ അറിയേണ്ടുന്ന ആ ഒരു പ്രക്രിയയെ കുറിച്ചാണ് പറയുന്നത് നമ്മളിതിനെ സാമാന്യം മനസ്സിലാക്കിയിട്ടുള്ളത് സർവധർമാൻ പരിത്യജ്യ എല്ലാ ജോലിയും ഉപേക്ഷിക്കുക ഇപ്പൊ ജോലിയിലുണ്ടെങ്കിൽ അതും വി ആർ എസ് പോലും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി കൊടുത്തേക്കും ഭാര്യ ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കുക കഴിയുന്നതും വേഗം ഓരോ ഉത്തരവാദിത്വങ്ങളിലും നീ ഏറ്റെടുക്കരുതെന്ന് പറയാം കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് മാമേഘം ശരണം പ്രജ അതെങ്ങനെയാണ് മാമേഘം അമ്പല പരിസരം അല്ലെങ്കിൽ ആശ്രമം ഇതിൽ വേറെ ഏതാ മാമേഘം പറയൂ ആളുകൾ ധരിച്ചിരിക്കുന്നു അതുകൊണ്ടാരും വിടാനും തയ്യാറല്ല അതുകൊണ്ട് സർവധർമാൻ പരിത്യജ്യം മാമേകം ശരണം പ്രജ എന്ന് പറഞ്ഞാൽ സ്വാമി അത് നടപ്പിലില്ലാത്ത കാര്യ എന്താണത് ഇപ്പം ഞാനും എന്റെ ഭാര്യയും കുട്ടികളെയൊക്കെ ഉപേക്ഷിച്ച് ആശ്രമത്തിൽ വന്നിരുന്നാൽ മാത്രമല്ല ഈ ലോകം മുഴുവൻ ഇങ്ങനെയായ ഒന്ന് സ്വാമി ആലോചിച്ച് നോക്കൂ എല്ലാവരും എവിടെ നോക്കിയാലും സന്യാസിമാര് മാത്രം ഒരു ഓട്ടോഷ പോലും ആർക്കും കിട്ടില്ല കാരണം എല്ലാവരും സന്യാസികളെ എല്ലാവരും ഇത് കേട്ടിട്ട് ഇതല്ല പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് സ്വാമിജിയുടെ വ്യാഖ്യാനത്തിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ മൂന്ന് കർത്തൃത്വം സ്വാമിജി അതിനെ സംഗ്രഹിച്ച് അവതരിപ്പിച്ചിട്ടുണ്ട് മൂന്ന് കർത്തൃത്വം എന്ന് പറഞ്ഞാൽ ഞാൻ ദ്രഷ്ടാവാണ് ഞാൻ കാണുന്നവനാണ് അതുപോലെ ഞാൻ മനനം ചെയ്യുന്ന മന്ദാവാണ് അതുപോലെ ഞാൻ ശ്രോതാവാണ് ഞാൻ കേൾക്കുന്നവനാണ് ഞാൻ കാണുന്നവനാണ് ഞാൻ മനനം ചെയ്യുന്നവനാണ് ഇതൊക്കെ എൻ്റെ ധർമ്മങ്ങളാണ് ശരീരധർമ്മങ്ങളാണ് ഇങ്ങനെ ഒരുപാട് ധർമ്മങ്ങളുണ്ട് ഈ ധർമ്മങ്ങളെയൊക്കെ നാം വെച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും സത്യത്തിലേക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല അടുത്തേക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങളതിനെ പോൾവാൾട്ട് സ്വാമി പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ പോൾവാൾട്ടാണ് ഇതിന് ഏറ്റവും പറ്റിയ ഉദാഹരണം പോളിനെ വെടിയാതെ നിനക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല അയ്യോ പോളല്ലേ ഇവിടെ എത്തിച്ചത് പോളേ എന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നാരെ പോളെ നീ ഈ പോൾ വെഴിച്ച് മതിയാവുന്നു അങ്ങനെ ഏതെങ്കിലും പോളു പറഞ്ഞാൽ അപ്പം ആ അതിനെ കൈവെടിയണം എന്നിട്ടോ മാമേഘം ലക്ഷ്യം ഞാനാണ് നീ എന്ത് വേണം ആ ലക്ഷ്യത്തിലേക്ക് നീ നീ നീ സമർപ്പിതനാകും സർവധർമാൻ പരിത്യജ്യ മാമേഘം സ്വാമി നാളെ ഇതിനെ വിസ്തരിക്കും നിങ്ങൾ വിഷമിക്കേണ്ട ഇതിന്റെ ഒരുപാട് തലങ്ങളുണ്ട് ഇതിനെ പല തലങ്ങളിലും നമുക്ക് നോക്കിക്കാണാം വളരെ ലളിതമായിട്ട് കാണാം മാമേകം ശരണം വ്രജ അഹം ത്വ അങ്ങനെയാണെങ്കിലോ ഞാൻ സർവപാപേഭ്യ എല്ലാ പാപങ്ങളിൽ നിന്നും എന്താ ഈ പാപങ്ങള് അതായത് പാപം എന്ന് പറയുമ്പം ഏതൊരു കർമ്മമാണോ കർത്താവിൽ അപകർഷതാ ബോധത്തെ ഉണ്ടാക്കുന്നത് അതൊക്കെ പാപമാണ് അപ്പൊ ഓരോ കർമ്മവും ഓ ഞാൻ ഇത് ചെയ്യേണ്ടുന്നവൻ എന്താ ചെയ്യ എന്റെ ഗതി ഇത് തന്നെ ബി കോമും ബി എഡും എടുത്തു എന്നിട്ടും പാത്രം കഴുകുക തന്നെ ഏതെങ്കിലും ഒരു സ്കൂളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിനെ വെറുതെ അച്ഛനും അമ്മയും പഠിപ്പിച്ചു എന്നിട്ട് അടുക്കളയിൽ ഇങ്ങനെ പാപബോധവുമായിട്ട് ഇങ്ങനെയുള്ള ബോധമുണ്ടല്ലോ അപകർഷതാ ഇതാണ് പാപങ്ങൾ അർജുനനെ സംബന്ധിച്ച് അർജുന എന്താണ് ഞാനിതായി ഇവരെ കൊല്ലുന്നവനാണ് ഞാൻ കാരണം ഇവരൊക്കെ ഇല്ലാതെയാകുന്നു നമുക്കുണ്ട് ഇതുപോലെ പലതും ഞാൻ അറിഞ്ഞോ അറിയാതെയോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ എന്താണെന്ന് അറിയില്ലേ സ്വാമി ഞാൻ ഇങ്ങോട്ട് വന്ന അവരിങ്ങോട്ട് വരില്ല അവരപ്പ പോവും പിറ്റേ ദിവസം അവർ വീട്ടിൽ നിന്ന് പോവും അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ വരാറില്ല അതായത് മകളുടെ വീട് അല്ലെങ്കിൽ അവര് മകളൊരു വീട് വെച്ചു പക്ഷെ എനിക്കിപ്പോ അങ്ങോട്ട് പോകാൻ പറ്റില്ല ഞാൻ പോയാ അവളുടെ ഞങ്ങൾ രണ്ടുപേരും ചെയ്തു പക്ഷെ എന്റെ മോൻ അത്ര നല്ലവനെ അവൻ രണ്ടു മുറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഒരു ബാത്റൂമേ ഉള്ളൂ അതാണ് പ്രശ്നം പക്ഷെ അവരെന്ത് ചെയ്യും ഞാനിപ്പുറത്ത് കൂടെ കയറിയ അവരപ്പുറത്ത് കൂടെ ബോൾട്ടിട്ട് വയ്ക്കാം ഇങ്ങനെ ഒരുപാട് പാവബോധങ്ങൾ നമുക്ക് ഒരു ഒരുപാടുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്തതുണ്ട് അർജുനനെ സംബന്ധിച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട് വലുതെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഞാൻ ഇതിന്റെ കർത്താവാണ് ഇങ്ങനെയുള്ളത് ഇതെല്ലാം നീ ശരണാഗതനാകേണ്ടതുണ്ട് എന്ന് പറയാം ഭഗവാൻ പറയുന്നത് നീ എന്തൊക്കെയോ കുറെ നമ്മളോട് പറയുന്നതാണ് അർജുനന്റെ കാര്യം വിട്ടേക്കും ഭഗവാനിൽ ശരണം പ്രാപിക്കുക എന്ന് പറയുമ്പം അതായത് ആ ജീവിതത്തിൻ്റെ ഈ എങ്ങനെ ആ പച്ചയായ ജീവിതത്തിന്റെ അതിന്റെ ശരിയായ അതിനെ പൂർണ്ണമായി സ്വീകരിക്കുന്ന ഒന്നിലേക്ക് നീ വരും വരേണ്ടതും